നിങ്ങൾ വാത്മീകിയെക്കുറിച്ച് കേട്ടിട്ടില്ലേ രത്നാകരൻ ഗംഭീര സംഗതിയാണ് രത്നാകരൻ വലിയ വിദ്യാഭ്യാസമൊന്നുമുള്ള ആളായിരുന്നില്ല അപരിഷ്കൃതനായിരുന്നു ഒരു ഗ്രാമീണനായിരുന്നു രത്നാകരനോട് പറഞ്ഞു രാമ എന്ന് ജപിച്ചോള അല്ലേ രത്നാകരൻ രാമ ജപിച്ചു എന്നിട്ടോ മരമര എന്നായിരുന്ന വളരെ രസകരമായിട്ട് കേട്ടിട്ടുള്ള കഥ അങ്ങനെയല്ല രത്നാകരനെ രാമ പോലും ജപിക്കാൻ അറിയില്ല അപ്പൊ പിന്നെ രത്നാകരനോട് പറഞ്ഞു ആ എന്ന് പറഞ്ഞു അപ്പൊ അയാൾ ആ എന്ന് പറഞ്ഞു പിന്നെ ഈ എന്ന് പറഞ്ഞു അങ്ങനെ ഈ അങ്ങനെ ആ മര ഈമരാമര ഈമ രാമര ഈമ രാമ രാമ രാമയായി അപ്പൊ ഈ സംഭവം നടന്ന് കേരളത്തിൽ എവിടെയെങ്കിലും ആയിരിക്കണം അല്ലാതെ ആ എന്ന് പറയാൻ പറ്റില്ല അങ്ങനെയൊരു പ്രയോഗം സംസ്കൃതത്തിലൊക്കെയാണ് അപ്പൊ സംഭവം രത്നാകരൻ രാമായണം രചിക്കാൻ ഇടയായതും തപസ് നടന്നതും കേരളത്തിലാവാനേ സാധ്യതയുണ്ട് ഈ കഥ ചമയ്ക്കുന്നവർ പലപ്പോഴും കാര്യം കാണാതെ പോകുന്നുണ്ട് അതിലേയുള്ള വിഷമം പാമര ഈ മരം എന്ന് പറയാൻ അങ്ങനെ ഒരു സംഭവം സംഭവം ഇല്ലാത്തതായിരിക്കാം മരം എന്നത് മലയാള സംസ്കൃതത്തിൽ വൃക്ഷം എന്ന് തന്നെയാണ് അത് വളരെ നന്നായി ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കണം രാമ എന്ന ശബ്ദം ആര് ജപിച്ചാലും മര എന്നായി തീരും നിങ്ങൾ പരിശ്രമിച്ചോളു ഇന്ന് തന്നെ വീട്ടിൽ പോയിട്ട് ആര് ജപിച്ചാലും അതേത് പോസ്റ്റ് ഗ്രാജുവേഷൻ അക്കാദമിക്കായിട്ട് ഇവിടെ കിട്ടാവുന്ന ഏറ്റവും വലിയ ഡിഗ്രി മേടിച്ചവൻ ജപിച്ചു കഴിഞ്ഞാലും രാമ എന്ന ജപം മര അത് അവന്റെ വിദ്യാഭ്യാസത്തിൻ്റെ കുഴപ്പമല്ല രത്നാകരൻ എന്ന വാത്മീകി രത്നാകരൻ തന്നെയാണ് പേരുകൊണ്ട് രത്നാകരൻ മന്ത്രത്തെ ഉരുക്കഴിക്കുന്നതിൽ ആ സമയത്ത് ആ മന്ത്രം ഉരുക്കഴിക്കുന്ന വേളയിൽ രത്നാകരൻ അതിൻ്റെ മുഴുവൻ സാധ്യതയെ ആവിഷ്കരിച്ചവനാണ് മുഴുവൻ സാധ്യത രാമ രാ എന്ന് പറഞ്ഞാൽ അഗ്നി അഗ്നിയാണ് ബീജാക്ഷരൻ അഗ്നിയെ വഹിക്കുന്നു അര എന്നത് അപ്പൊ അതിനൊരു പ്രാസം ഉണ്ട് ഒരു താളമുണ്ട് ഈ നമ്മുടെ ശബ്ദങ്ങളെല്ലാം സ്വരം ആണ് സംസ്കൃത ഇത് സംസ്കൃത ഭാഷ സ്വരശാസ്ത്രമാണത് അത് ഭാഷാശാസ്ത്രമല്ല സ്വരശാസ്ത്രം അതുകൊണ്ട് വേദത്തില് ഉദാത്തം അനുദാ അനുതാത്തം സ്വരിതം പ്ലുതം എന്നൊക്കെ പറയും ചില ശബ്ദങ്ങൾക്കൊന്നും അർത്ഥമൊന്നും ഉണ്ടാവില്ല ൂ ഹാ ഹോ ഹാ അഹമന്നമഹമന്നമഹമന്നാദോ ഹമന്നാദോ ഹന്നാഥ അഹമസ്മി പ്രജാസ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും മട്ടാന്ന് വിചാരിക്കില്ല പക്ഷേ ഇതിലൊരു എവിടെയോ നമ്മളെ കൊണ്ടുപോകും ഹാ വേദത്തിൻ്റെ സാമഗാനമാണ് അത് ശരിക്കും കേൾക്കണം സ്വാമിക്ക് അതിൻ്റെ മുഴുവൻ പിച്ചിലേക്ക് അതിനൊരു മാത്രയൊക്കെ ഉണ്ട് ഇത്ര മാത്രയിൽ നിന്ന് താഴേക്ക് വന്ന് മുകളിലേക്ക് തിരമാല പോലെ അതങ്ങനെ നമ്മളെ കൊണ്ടുപോകും അപ്പോൾ ഈ രാ എന്നുള്ളതിന് ഒരു ഉച്ചയുണ്ട് മാ എന്നത് താഴേണ്ടതാണ് അല്ലാതെ അപ്പൊ അത് ഉച്ചരിക്കുമ്പോ അത് കുഴപ്പ സംഭവം ഉച്ച ഉച്ചാരണത്തിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാമയിൽ തന്നെ നിൽക്കാം സ്വാമി പറഞ്ഞു രാമയിൽ തന്നെ നിൽക്കുന്നവൻ അപരിഷ്കൃതനാണ് അതിനെന്തു വേണം രാ എന്നത് വളരെ താഴ്ത്തിയിട്ടും മായ്ക്ക് ഊന്നൽ നൽകണം രാമ രാമ രാമ രാമ രാമ രാമ ഇങ്ങനെ ഒരു മസിൽ പിടിച്ച് നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലാം നിങ്ങളുടെ ഒറ്റ ശ്രദ്ധ എന്താ നാമം മറയരുത് എന്നുള്ളതാ രാ എന്നത് ആ എന്താ പറയുക ശൃംഗവും മാ എന്നത് അതിൻ്റെ താഴ്വാരവുമായാൽ അത് മറയും മറയാതിരിക്കാൻ പറ്റില്ല എപ്പോഴാണോ ഇത് മറയുന്നത് കീഴ്മയിൽ മറയുന്നത് അവിടെ അഹങ്കാരത്തിൻ്റെ മറച്ചിലുമാണ് അതൊരു ഗംഭീര സംഭവമായത് അതാണ് വാത്മീക്ക് ആവിഷ്കരിക്കുന്നത് അല്ലാതെ അങ്ങോര് ഒന്നറിയാതെ രാമ രാമ പറഞ്ഞപ്പോ വരാ മരാനായി എന്തെങ്കിലും പറയുന്നതിന് കുറച്ചെങ്കിലും എന്തെങ്കിലും ഇത് മനസ്സിലാക്കുന്നതിനും വേണോട്ടോ കുറച്ചെന്തെങ്കിലുമൊക്കെ ഇല്ലാതെ ഇതൊക്കെ ഇങ്ങനെങ്ങനെ മനസ്സിലാക്കിയിട്ട് നമ്മളും അത് ശരി അത് അങ്ങനെയാണെങ്കിലും ഇങ്ങനെയാണ് അപ്പൊ ഇതിന്റെ ഒരു താളമുണ്ട് അതിൻ്റെതായിട്ടുള്ളൊരു എന്താ ഉദാത്ത അനുതാത്ത സ്വരിത പ്ലുത അതിനു പേരെ ഓം ബോർ അങ്ങനെ അച്ഛൻ ചോദിക്കും ഗായത്രി ചോപിച്ചു ആ ഗായത്രി എടയ്ക്ക് ഈ നൂല് ശരി തന്നെയല്ലേ നോക്കും എന്നിട്ട് ഇതിലിങ്ങനെ എണ്ണം പിടിക്കുക ഒരു കല് ഒരു കല്ല് ഒരു നൂറ്റിയെട്ടായ ഒരു കല്ല് എടുത്തു വെച്ചു പിന്നെ കല്ല് ഇവിടെ പോയിരുന്ന ഒരു കല്ല് അവിടെ എവിടെ വീണു പന്ത്രണ്ട് കല്ല് വെച്ച് കഴിഞ്ഞാൽ ഇത്ര എണ്ണം പിടിക്കണം എന്നുണ്ട് എന്നിട്ട് അറുപതാമത്തെ വയസ്സിൽ പറയാം ഞാൻ ഇത്ര ലക്ഷം കായത്രി ഉരുക്കഴിച്ചു കല്ല് വെച്ച് കല്ല് വെച്ച് കണക്കൊന്നും എടുക്കേണ്ട ഒരു കണക്ക് കണക്ക് എടുക്കാൻ ആരാ ഉള്ളത് നിങ്ങൾ ആരെ ഈ കണക്ക് നിങ്ങളൊരു ഓഡിറ്റർ എടുത്തു കൊണ്ടുപോയിട്ട് ഈ കണക്ക് സി എക്കാരനല്ല അങ്ങോരും നമ്മൾ ആദ്യം പറഞ്ഞല്ലോ അതുകൊണ്ട് ദേവിയിൽ അതൊക്കെ വിടും ഏതെങ്കിലും ഒരു മന്ത്രം തന്നെ ധാരളള ആ നാമത്തിലൂടെ ആ നാമമായി തീരണം നമ്മൾ അതുപോലെ ഓം വരുന്നുണ്ട് അല്ലാതെ സ്വാമി ഇതിനൊന്നും എതിരല്ല ഇപ്പൊ കാണുന്നതിലൊക്കെ നമുക്ക് ഒരു താല്പര്യമില്ല ഇപ്പൊ ഈ ചെയ്യുന്ന ഇതൊക്കെ ആ സമയത്തിൽ പറയാമെന്ന് പറയാ അതുകൊണ്ട് മന്മയന്മാർ എൻ്റെ രൂപത്തെ തന്നെ പ്രാപിക്കുന്നത് ഞാൻ വാക്കാണ് നാമമാണ് രാമനായും കൃഷ്ണനായും ഒക്കെ ഞാനായി തീരും പിന്നെ ഞാൻ മാത്രമാണ് ആര് ഭഗവാൻ ആ നാമവും നാമിയും ഒന്നാം വേളയിൽ ഇപ്പം നമുക്ക് ഒരുപാട് നാമങ്ങൾ ചൊല്ലണം എന്നുണ്ട് അതുകൊണ്ട് അറുപത്തിരണ്ട് അഷ്ടോത്തരങ്ങളുള്ള പുസ്തകം മേടിച്ചു വെച്ചിരിക്കുക അത് കാണാടാണ് ഒരു ടാപ്പ് റെക്കോർഡർ ഇട്ടതുപോലെ തുടങ്ങും ഓമിൽ തുടങ്ങിയാൽ പിന്നെ അവസാനിക്കുന്നത് രമേ മനോരമേ തുല്യം രാമരാമേ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇടയിൽ നിന്ന് ഒന്നും എടുക്കാൻ പറ്റില്ല അങ്ങനെയാ കുട്ടികളെ നേഴ്സറി കുട്ടികളെ എങ്ങനെയാണ് എന്തെങ്കിലും പാടാൻ പറഞ്ഞു നോക്കൂ നമ്മള് ഈ ഭഗവത്ഗീത പന്ത്രണ്ടാം മധ്യം കുട്ടികൾക്ക് ഭക്തിയോഗം കേൾക്കട്ടെ മക്കളെ ഭക്തിയോഗം ശരി ഏവം സതതയുക്തായേ എന്ന് പറഞ്ഞ് തുടങ്ങി മതി അഞ്ച് അഞ്ച് ശ്ലോകം ചൊല്ലിയാൽ മതി അഞ്ച് ശ്ലോകം എവിടെയാന്ന് കുട്ടിക്ക് അറിയില്ല ഓം തത്സതിഥി ശ്രീമദ് ഭഗവത്ഗീതാസു പന്ത്രണ്ടാം അധ്യായം എന്ന് വരെ അത് അങ്ങനെയാണ് കുട്ടിയിലിരിക്കുന്നത് അത് വെറും യാന്ത്രികമായിട്ടുള്ള ഏർപ്പാട് യാന്ത്രികതയിൽ നിന്ന് മാറി നാം അതായി തീരുന്ന അവസരത്തിൽ രാമനിലൂടെ അഹങ്കാരത്തിൻ്റെ മരണവും മറ്റേതിൻ്റെ രമിക്കലും ആവിർഭവിക്കും അത് സംഭവിക്കണം അപ്പൊ കഥയിൽ നാം വിട്ടുപോകുന്ന ഒരു കാര്യം ഇതാണ് അപ്പൊ അദ്ദേഹം അങ്ങേയറ്റം എന്താ ആ മന്ത്രം കൊണ്ട് അനുഗ്രഹീതനായിട്ടുള്ളവനാണ് രണ്ട് മന്ത്രം ഒന്നും അറിയാത്ത ഒരു തനെ ആ മരം ഈ മരം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നന്നാക്കി എന്ന് അങ്ങനെയൊന്നും നടപ്പില്ല മന്മയന്മാർ എന്റെ സാരൂപ്യമെന്ന തൃതീയ ഘട്ടത്തിലൂടെ കടന്നു പിന്നെയോ മദ്ഭാവം മദ്ഭാവം എന്റെ ഭാവത്തെ എന്റെ ഭാവത്തെ പ്രാപിച്ചിട്ടുള്ളവർ അതിനെയാണ് സായൂജ്യം എന്ന് പറയുന്നത് നാലാമത്തെ മോക്ഷം സായൂജ്യത്തെ പ്രാപിച്ചിട്ടുള്ള ഇതൊക്കെ നാമം കൊണ്ടോ രൂപം കൊണ്ടോ ഒക്കെയാവാം ഭഗവാനെ ധ്യാനിക്കുമ്പോഴും ഇതുപോലെയാണ് സംഭവിക്കുന്നത് എല്ലാ രൂപങ്ങളും മാറി അരൂപിയാവും നമ്മൾ രൂപത്തിലൂടെ വിഗ്രഹം എന്ന് പറയുന്നത് തന്നെ അതാണല്ലോ വിശേഷേണ തത്വത്തെ ഗ്രഹിപ്പിക്കുന്നത് വിശേഷേണ തത്വഗ്രാഹയത്തെ വിഗ്രഹ തത്വഗ്രഹണത്തിന് സമർത്ഥമായിട്ടുള്ളത് യോഗ്യമായിട്ടുള്ള തുടർന്ന് ഭഗവാൻ പറയുന്നു ഇപ്പൊ കഴിഞ്ഞ ശ്ലോകം എന്താണ് ഭഗവാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഈ നാല് മോക്ഷവും അറിയുക എന്നത് പരിണമിക്കലാണ് ഭഗവാനെ അറിയുക എന്നത് എന്റെ പരിണാമമാണ് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലാതെ ഈ ശ്ലോകങ്ങളൊക്കെ എന്തിനാണ് എന്തിനു വേണ്ടിയിട്ടാണ് ശ്ലോകം കാണപ്പാടാക്കാനല്ല എന്നിലൊരു പരിണാമം അതെങ്ങനെയുള്ള പരിണാമ എന്ന് ചോദിച്ചാലോ അതൊന്നും അറിയില്ല നേരത്തെ കഥ കുറുക്കുക അതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞില്ല ഇപ്പം ഞാൻ സന്തോഷവാനാണ് വെറുതെ ഉണ്ടാക്കി പറയൂത് ആ ഞാനിപ്പോ സ്വാമി എനിക്കിപ്പോ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ചെറിയ രണ്ട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ പരിണമിപ്പിക്കാൻ പൂർണ്ണമായിട്ടുള്ള പരിണാമത്തിൻ്റെ സാധ്യതകൾ അതിൻ്റെ സങ്കേതങ്ങൾ നാലെണ്ണം കാണിച്ചു തുടർന്ന് പറയണോ മാം പ്രപദ്യാം തഥൈവ ഭജാമി അഹം മമ വർമ്മ അനുവർത്തേ മനുഷ്യ പാർത്ത സർവശ എവിടെയും കേട്ടതായിട്ട് ഓർക്കുന്നുണ്ടോ മൂന്നാം അധ്യായത്തില് ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകം ഇത് അവസാനത്തെ രണ്ടു വരി വരുന്നു മമവർത്തനുവർത്തേ മനുഷ്യ പാർത്ത സർവശ ഇല്ലേ നിങ്ങളുടെ അതിൽ മൂന്നാം അധ്യായം പുസ്തകം ഇന്ന് നോക്കി നോക്കൂ ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകത്തിന്റെ അവസാനം വരികയല്ലേ എന്ന് നാളെ ചോദിക്കായിരുന്നു സ്വാമി ഏത് അധ്യായതായിരുന്നു എന്ന് മൂന്നാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകം അല്ലേ ശരിയല്ലേ അപ്പൊ ഭഗവത്ഗീതയില് ക്യുസ് കോമ്പറ്റീഷനിൽ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവര് ചോദിക്കും മമവർമാനുവർത്തേ മനുഷ്യ പാർത്ഥ സർവശ എവിടെയൊക്കെ വരുന്നു എന്ന് അപ്പൊ നിങ്ങൾക്ക് പറയാം എന്താണ് മൂന്നാം അധ്യായത്തില് ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകവും അതുപോലെ നാലാം അധ്യായത്തില് പതിനൊന്നാമത്തെ ശ്ലോകത്തിലുണ്ട് അപ്പൊ നിങ്ങൾക്കൊരു സമ്മാനം കിട്ടും ശരി എ യഥാ മാം പ്രപദ്ധ്യന്തേ ആരൊക്കെയാണോ യഥാ ഇപ്രകാരം മാം എന്നെ പ്രപദ്യ ആശ്രയിക്കുന്നത് പ്രാപിക്കുന്നത് താൻ അവരെ തഥായേവ അപ്രകാരം തന്നെ അഹം ഭജാമി ഞാൻ അനുഗ്രഹിക്കുന്നു അപ്പൊ എങ്ങനെയാണ് നാം ഈശ്വരനെ സമീപിക്കുന്നത് ആ പ്രകാരത്തിൽ ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കൂ ഇതാണ് ഭഗവാന്റെ രീതി അതുകൊണ്ട് നിങ്ങൾ ഈ ഭഗവാനോട് കഷ്ടപ്പാട് ചോദിക്കരുത് അഥവാ ചോദിക്കുകയാണ് ഈ കുന്തിദേവി ചോദിച്ചതുപോലെ ചോദിക്കണം അപ്പം ഇപ്പോഴൊക്കെ അപ്പൊ നമുക്ക് കിട്ടിയത് എന്താണ് എല്ലാം ചോദിച്ച് മേടിച്ചിട്ടുള്ളത് ഒന്നൊഴിയാതെ അപ്പൊ എന്നെ ഭജിക്കുന്നവർക്ക് വേണ്ടതെന്താണോ അവരാ രീതിയിൽ എന്നെ ഭജിക്കുന്നു ഞാൻ ആ രീതിയിൽ അവരെ അനുഗ്രഹിക്കുന്നു ഞാൻ അവർക്ക് ആ വിധത്തിൽ ഫലം പ്രദാനം ചെയ്യുന്നു അപ്പൊ ഇതിൽ പലതും ഉണ്ട് ഈശ്വരനെ അപ്പൊ ഇവിടെ നിന്നൊക്കെ നമുക്ക് കാര്യം പിടികിട്ടണം അപ്പൊ ഈശ്വരനെ നിങ്ങൾക്ക് മായി ധനത്തിന്റെ അതാണല്ലോ പല സ്തോത്രങ്ങളുടെയും അവസാനം ഫലശ്രുതി ഉണ്ടാവും ഫലശ്രുതിയിൽ പറയും പുത്രാർത്ഥി ലഭതേ പുത്രാൻ ധനാർത്ഥി ലഭതേ ധനം വിദ്യാർത്ഥി ലഭതേ വിദ്യ അല്ലേ മോക്ഷാർത്ഥി മോക്ഷമാപ്പ്നുയാത് മോക്ഷാർത്ഥിക്ക് വേണ്ടത് മോക്ഷത്തെ കിട്ടും പുത്രന് വേണ്ടവന് പുത്രനെ കിട്ടും വിദ്യ വേണ്ടവന് വിദ്യ കിട്ടും ധനം വേണ്ടവന് ധനം കിട്ടും അപ്പൊ എന്താണ് എനിക്ക് ആവശ്യം അത് കിട്ടും അപ്പൊ ധനത്തിന് വേണ്ടിയിട്ട് ധനചക്രം അങ്ങനെ ചക്രം ഉണ്ട് ഇല്ലേ ആ ചക്രം വീട്ടിൽ വെക്കാം ദൃഷ്ടി പറ്റാതിരിക്കാൻ ദൃഷ്ടി ഗണപതി ഉണ്ട് അപ്പൊ അത് കൊണ്ടുവയ്ക്കാം അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് വേണ്ടത് ഭഗവാൻ എന്നെ എങ്ങനെയാണ് നോക്കേണ്ടത് ഭഗവാനെ എനിക്കും എന്റെ കുട്ടിക്കോ അസുഖമൊന്നുമില്ലാതെ ഈ വീടിനുമൊക്കെ കാത്തു സൂക്ഷിക്കണം അതിന് ഇവിടെ ഇരിക്കട്ടെ നീ നോക്കിക്കോളണം ഇവിടെ വരുന്ന എല്ലാവരും പിന്നെ കണ്ണു പറ്റരുത് ആരുടെയും അതുകൊണ്ട് വല്ല കണ്ണും പറ്റാണ് ഈ അങ്ങയിൽ പറ്റിക്കോട്ടെ അതുകൊണ്ട് അങ്ങനെ ഭഗവാൻ അങ്ങനെ ഉപയോഗിക്കുന്നു നമ്മൾ ഓരോരുത്തരും ഓരോ വിധത്തിലാണ് ചിലരെ സംബന്ധിച്ച് ഭഗവാൻ പറഞ്ഞാൽ ഒരു ബ്രോക്കറാണ് എന്ത് ബ്രോക്കറ് വിവാഹതെല്ലാളൻ ഓരോരുത്തരുടെ മക്കളുടെ പെൺകുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് പറ്റിയ വരനെ കണ്ടുപിടിക്കണം ഈ മാലയോഗം ജാതക യോഗം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമ്പ്യൂട്ടറൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ അവിടുത്തെ ഒരാളാണ് അദ്ദേഹം വല്ല അദ്ദേഹത്തിൻ്റെ അടുത്ത് പോണം എനിക്ക് പറ്റിയ ഒരു കുട്ടിയെ കണ്ടെത്തണം അപ്പൊ വരനെയും അധികം ചിലർക്ക് ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയ്മെന്റ് ഓഫീസറാണ് ജോലി മേടിച്ചു കൊടുക്കണം ചിലർക്ക് മന്ത്രി വകുപ്പ് മന്ത്രിയാണ് ട്രാൻസ്ഫർ മറ്റ് ഇങ്ങനെയുള്ള ചിലർക്ക് അദ്ദേഹം വൈദ്യനാണ് ബിഷഗ്വരനാണ് ചിലർക്ക് അദ്ദേഹം അദ്ദേഹം അധ്യാപകനാണ് അപ്പൊ ഇങ്ങനെ പലർക്കും പലതാണ് ഏത് വിധത്തിലാണ് അവരെന്നെ സമീപിക്കുന്നത് അപ്പൊ മാർക്കിന് വേണ്ടിയിട്ട് ഈ വിനോബാജി വിനോബാജിയുടെ കോളേജിന്റെ അടുത്ത് ഒരു അമ്പലമുണ്ട് ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിന് എന്താ ദേവീക്ഷേത്രമാണ് പക്ഷെ വിനോബാജി പേര് കൊടുത്തിരിക്കുന്നത് പരീക്ഷേശ്വറിന് വിനോബാജി പറയുന്നു ഞാൻ അതിനൊരു പേര് കൊടുത്തു പരീക്ഷേശ്വർ പരീക്ഷകാലത്ത് അവിടെ ഭയങ്കര തിരക്കാണെന്ന് പറയാം ഇപ്പൊ പരീക്ഷകാലത്ത് അങ്ങനെയുള്ള പൂജകളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൂടുന്നതിനായിട്ട് അല്ലെങ്കിൽ പഠിക്കാത്ത കുട്ടികൾ അധികം എഴുതിയിട്ടില്ലെങ്കിലും പല മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള മാർക്ക് സഹായി ഹോമം അങ്ങനെ പലതുണ്ട് പല പല പല ഇന്ന് പല പല സംഗതികളും ഈ സമയത്തൊക്കെ കാണാം ക്ഷേത്രത്തിലൊക്കെ അവിടെയൊക്കെ ബോർഡൊക്കെ കാണാം അങ്ങനെ പരീക്ഷയിൽ മോശമുള്ള കുട്ടിയൊക്കെ പിന്നെ ചില ലേഹ്യങ്ങളുണ്ട് ആ ലേഹ്യം കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഇപ്പോ അതിലൊക്കെ ഉണ്ട് കേട്ടോ അതിലൊക്കെ കാര്യമുണ്ട് കാര്യമില്ലായില്ല അപ്പൊ എങ്ങനെയാണ് എന്നെ ഭജിക്കുന്നത് അവർക്ക് ഞാൻ അതിനനുസരിച്ച് കൊടുക്കും അപ്പൊ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങൾക്ക് ഭജിക്കാം നിങ്ങൾക്ക് ധനം വേണമെങ്കിൽ ജോലി വേണമെങ്കിൽ സൗന്ദര്യം വേണമെങ്കിൽ ഇതിനൊക്കെ വേദത്തിൽ വിധിയുണ്ട് യശസ്സ് വേണമെങ്കിൽ കീർത്തി വേണമെങ്കിൽ ആരോഗ്യം വേണമെങ്കിൽ എല്ലാം ഭഗവാൻ ആ വിധത്തിൽ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും പിന്നെ മറ്റു പലതും ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മറ്റു പലതും ചോദിച്ചുകൊണ്ടിരിക്കും ഭഗവാനെ ഇനി അത് വേണം ഇത് വേണം അത് വേണം ഇത് വേണം പിന്നെ അവസാനം നിങ്ങൾ മോക്ഷം ചോദിക്കും അപ്പൊ അതുവരെ തന്നുകൊണ്ടിരിക്കും അപ്പൊ ഞാൻ എല്ലാവരും പറയുന്നു മനുഷ്യ മനുഷ്യന്മാർ സർവശ എല്ലാവരും എല്ലാ പ്രകാരത്തിലും മമവർദ്മ അനുവർത്തനത്തെ എന്റെ പിന്തുടരുന്നു എന്റെ വഴിയെ പിന്തുടരുന്നു എല്ലാവർക്കും വേണ്ടതെന്താണ് എന്നെയാണ് ആനന്ദമാണ് ഏവർക്കും വേണ്ടത് അതിനായിട്ട് അവരോരോ കർമ്മങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നു തുടർന്നു കാക്ഷ കർമ്മിം യജന്തോക്കിദ്ധിർഭവതി കർമ്മ കാന്ത കർമ്മം സിദ്ധിം യജന്ത ഇഹ ദേവതാ ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധിർഭവതി കർമ്മജ ഇഹ ഇഹ എന്ന് പറഞ്ഞ ഇവിടെ ഈ ലോകത്ത് കർമ്മണം സിദ്ധിം കാക്ഷന്ത കേട്ടോളൂ കർമ്മണം കർമ്മങ്ങളുടെ സിദ്ധിം ഫലത്തെ കാക്ഷന്തവാ കാംക്ഷന്ത കാമിക്കുന്നവർ ആഗ്രഹിക്കുന്നവർ ഇവിടെ ഈ ലോകത്ത് കർമ്മത്തിന്റെ ഫലത്തെ ആഗ്രഹിക്കുന്നവർ യജന്തേ ദേവതകളെ ദേവന്മാരെ യജിക്കുന്നു അപ്പൊ ചിലരെന്ത് ചെയ്യുന്നു പല പല ദേവപ്രീതിക്കായിട്ട് ഓരോരോ പൂജകളൊക്കെ ചെയ്യുന്നു ശരി ഹി എന്തെന്നാല് മാനുഷേ ലോകെ മനുഷ്യ സംബന്ധിയായ ലോകത്തിൽ മൃഗസംബന്ധമായ ലോകത്തിൽ ഇങ്ങനെ തരത്തിലുള്ള പൂജകളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അവർക്ക് അങ്ങനെ പൂജയൊന്നുമില്ല ക്ഷേത്രങ്ങൾ നിർമ്മിക്കാത്ത ക്ഷേത്രങ്ങളിൽ നിർമ്മിക്കുന്ന ഏകജീവി നമ്മൾ മാത്രമല്ലേ ഉള്ളൂ അവർക്ക് ക്ഷേത്രങ്ങളില്ലല്ലോ മാനുഷ്യലോകെ മനുഷ്യ സംബന്ധമായിട്ടുള്ള ഈ ലോകത്ത് കർമ്മജ സിദ്ധി കർമ്മജ കർമ്മത്തിൽ നിന്ന് ജായതെ ഉണ്ടായിട്ടുള്ള സിദ്ധി ഫലം ക്ഷിപ്രം ഭവതി വളരെ വേഗത്തിൽ ഉണ്ടാകുന്നു അപ്പൊ ചിലരെന്ത് ചെയ്യുന്നു പല പല ദേവപ്രീതിക്കായിട്ട് ഓരോരോ പൂജകളൊക്കെ ചെയ്യുന്നു ശരി എന്തെന്നാല് മനുഷേ ലോകെ മനുഷ്യ സംബന്ധിയായ ലോകത്തിൽ മൃഗസംബന്ധമായ ലോകത്തിൽ ഇങ്ങനെ തരത്തിലുള്ള പൂജകളൊക്കെ ഉണ്ടോ അവർക്ക് അങ്ങനെ പൂജയൊന്നുമില്ല ക്ഷേത്രങ്ങൾ നിർമ്മിക്കാത്ത ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്ന ഏകജീവി നമ്മൾ മാത്രമല്ലേ അവർക്ക് ക്ഷേത്രങ്ങളില്ലല്ലോ മാനുഷ്യ ലോകെ മനുഷ്യ സംബന്ധമായിട്ടുള്ള ഈ ലോകത്ത് കർമ്മജ സിദ്ധി കർമ്മജ എന്ന് പറഞ്ഞ കർമ്മത്തിൽ നിന്ന് ജായതെ ഉണ്ടായിട്ടുള്ള സിദ്ധി ഫലം ക്ഷിപ്രംഭവതി വളരെ വേഗത്തിൽ ഉണ്ടാകുന്നു അപ്പൊ കർമ്മത്തിന്റെ ഫലം ഉടനെയാണ് എന്നാ പാടത്ത് പണി വരമ്പത്ത് കൂലിന്നാണ് അപ്പം അങ്ങനെ കാണുന്നില്ലല്ലോ സ്വാമി കാണും അയ്യോ ഇപ്പൊ ഞങ്ങൾ ചെയ്തതൊന്നും അല്ലല്ലോ ഇപ്പൊ അനുഭവിക്കുന്നത് അതെ ഇത് കർമ്മ കർമ്മയോഗം ഇനി വേറൊരു പ്രകാരത്തിൽ ഭഗവാൻ ഇതിൽ അവതരിപ്പിക്കാൻ പോവുക അപ്പൊ ഇവിടെ പറയുന്നു ലോകത്ത് കർമ്മങ്ങളുടെ ഫലത്തെ കാക്ഷിക്കുന്നവൻ ദേവന്മാരെ ഉപാസിക്കുന്നു കർമ്മത്തിന്റെ ഫലം മനുഷ്യ സംബന്ധിയായ ഈ ലോകത്ത് കർമ്മത്തിന്റെ ഫലം അവന് ഉടൻ തന്നെ വളരെ വേഗത്തിൽ കിട്ടുന്നു തുടർന്ന് ഇതിൻ്റെയൊക്കെ ഒരു തുടർച്ചയുണ്ട് ഇന്ന് ഇവിടെ വെച്ചാണ് ഭഗവാൻ ഒരു വലിയൊരു കാര്യം പറയണത് എങ്ങനെയാണ് ഇത് ഭഗവത്ഗീത ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ വലിയ അത്ഭുതമാണ് ഇതൊക്കെ നോക്കിക്കോളൂ ഇത്രയും കാര്യം പറഞ്ഞിട്ട് ഭഗവാൻ ഒരു ഇതിലേക്ക് ഇങ്ങനെ വരികയാണ് കർമ്മസിദ്ധാന്തത്തെ പറയുക ർത്താരമ്യം ഭഗവത്ഗീതയിൽ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ശ്ലോകം ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ തയ്യാരം അഭിമാം വിദ്യ അകർത്താരം അവ്യയം എന്ന് പറയുന്നു എന്താണ് ചാതുർവർണ്ണയം ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ഇങ്ങനെ ബ്രാഹ്മണനെയും ക്ഷത്രിയനെയും വൈശ്യനെയും ശൂദ്രനെയും ഞാൻ സൃഷ്ടിച്ചു അങ്ങനെ ഒരു കാര്യമേ ഭഗവാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല സത്യം പറഞ്ഞ അങ്ങനെ പറഞ്ഞാൽ തന്നെ ക്രമത്തിൽ മനസ്സിലാക്കി വന്ന് നമ്മൾക്ക് ഒരു വീഴ്ച സംഭവിക്കും പക്ഷേ എന്തുകൊണ്ടോ ഈ ശ്ലോകത്തിനെ ഇങ്ങനെ നിരന്തരം വ്യാഖ്യാനിച്ച് വെച്ചിരിക്കണം ശ്രമത്തിൽ വരുമ്പോഴ ബ്രാഹ്മണനെക്കുറിച്ചും ക്ഷത്രിയനെ കുറിച്ചും ഒക്കെ പതിമൂന്നാം അധ്യായത്തിൽ അവിടെ അവസാനത്തിലൊക്കെ പറയുന്നുണ്ട് ആരാണ് എന്നൊക്കെ അപ്പം ഒരു എന്താ സാമൂഹിക ശാസ്ത്രത്തെയാണോ ഭഗവാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അല്ല ഭഗവാന്റെ ഒരു നിലനിൽപ്പുണ്ട് അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അപ്പൊ ചാതുർവർണ്ണയം മയാസൃഷ്ടം വർണ്ണങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നാല് വർണ്ണങ്ങൾ എന്നാൽ സൃഷ്ടിക്കപ്പെട്ടു വർണ്ണം എന്ന് പറഞ്ഞാൽ എന്താ വർണ്ണോ വ്രണോദേഹ എന്ന് പറഞ്ഞാൽ വർണ്ണോ വ്രണോദേഹെ എന്ന് പറഞ്ഞാൽ ആവരണം ചെയ്യുന്നത് വർണ്ണം ഒന്ന് വ്രണോദേഹ ആവരണം ചെയ്യുന്നത് പിന്നെ ഒന്ന് വ്രിയതെ വർണ്ണ വരിക്കപ്പെടുന്നത് വർണ്ണം ിയതേ വർണ്ണ രണ്ട് മൂന്ന് വർണ്യതേ വർണ്ണ വർണ്ണിക്കുന്നത് വർണ്ണം വർണ്ണയതെ വർണ്ണ പിന്നെ മൂന്ന് പ്രകാരത്തിൽ വർണ്ണശബ്ദത്തെ എന്താ മൂന്ന് പ്രകാരത്തിലാണ് അതിൻ്റെ വിഗ്രഹം എന്ന് പറയുക മൂന്ന് പ്രകാരത്തിൽ വിഗ്രഹിച്ചിരിക്കണം നിരുക്തത്തിൽ ഈ ആസ്കന്റെ നിരുക്തത്തിൽ വർണ്ണ ശബ്ദത്തിന് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് ആവരണം ചെയ്യുന്നത് ഒന്ന് പിന്നെയോ വരിക്കപ്പെടുന്നത് പിന്നെയോ വർണ്ണിക്കപ്പെടുന്നത് അപ്പൊ ചാതുർ പറഞ്ഞു നാലെണ്ണമാണ് അങ്ങനെയാണെങ്കിൽ നാല് കാര്യങ്ങൾ ഇവിടെ നാല് കുതിരയെക്കുറിച്ച് പറയാം വർണ്ണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഗന്ധരൂപം തേജോരൂപം വായുരൂപം ജലരൂപം ഇത് നാലാണ് വരിക്കുന്നതാണ് ഏതായാലും സ്വാമി സാമാന്യമായിട്ട് ഇതിൻ്റെ സാരം പറയട്ടെ മറ്റൊങ്ങളോട് പറയാം ചാതുർവർണ്ണ്യം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശ തസ്യ കർത്താരം അപി മാം വിധി അകർത്താരം അവ്യയം വിഭാഗശുണങ്ങളുടെയും കർമ്മങ്ങളുടെയും വിഭാഗം കൊണ്ട് എന്നാൽ മയ എന്നാൽ ചാതുർവർണ്ണം നാലു വർണ്ണങ്ങൾ സൃഷ്ടം സൃഷ്ടിക്കപ്പെട്ടു അപ്പൊ ഭഗവാൻ പറയുന്നു എന്നാൽ നാല് വർണ്ണങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു എങ്ങനെ ഗുണകർമ്മ വിഭാഗങ്ങളെ കൊണ്ട് ഗുണങ്ങളുടെയും കർമ്മങ്ങളുടെയും വിഭാഗം കൊണ്ട് എന്ന് പറയും തസ്യ കർത്താരം അഭി മാം തസ്യ ആ വർണ്ണസ്യ വർണ്ണത്തിൻ്റെ ചാതുർവർണ്ണസ്യ നാല് വർണ്ണത്തിൻ്റെ കർത്താരം കർത്താവ് മാം അബി ഞാൻ എങ്കിലും പിന്നെന്താ അകർത്താരം അവ്യയം വിധി ഞാൻ അതിൻ്റെ അകർത്താവും ആണ് ഇതാണ് ഭഗവാൻ താല്പര്യം ഞാൻ അതിൻ്റെ കർത്താവുമാണ് ഞാൻ അതിൻ്റെ അകർത്താവുമാണ് നമുക്ക് മനസ്സിലാകാത്ത വരിയും ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താ ചാതുർവർണ്ണയം മയാസൃഷ്ടം ആര് ഭഗവാൻ നാല് വർണ്ണങ്ങളെ സൃഷ്ടിച്ചു നാല് ജാതി ഭഗവാനാണ് ഇവിടെ ഉണ്ടാക്കിയത് എന്നാ എടുക്കട ഗീത കത്തിക്കുന്നു അങ്ങനെയാണല്ലോ ഗീത കത്തിച്ചത് പി സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്ത് അതെ അതിന്റെ തൊട്ട് മുമ്പ് അദ്ദേഹം ഈ മണ്ഡൽ കമ്മീഷന്റെ പേരിലൊക്കെയാണ് ഇവിടെ ഇന്ത്യയിൽ വലിയ പ്രശ്നങ്ങൾ ജാതീയമായിട്ടുള്ള എന്താ പിരിവുകളും അതിന്റെ വെളിച്ചത്തിലുള്ള സംവരണവും മറ്റും ഉണ്ടാക്കിയ കോലാഹലങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ തോന്നുന്നു സ്വാമിക്ക് ആ സമയത്ത് ആരോ ജാതിയെ ഭാരതത്തിലെത്ര ജാതി ഉണ്ട് എന്നൊക്കെ വി മണ്ഡൽ തന്നെയല്ലേ വി അദ്ദേഹത്തിന്റെ ഇന്നേഷ്യൽ ശരിയാണെന്ന് തോന്നുന്നു അല്ലേ ആ എന്താ അവിടെ ഒരു മണ്ഡലമാണ് സംഭവം മണ്ഡലം അന്വേഷിച്ചു ഇവർ കുറെ കണ്ടുപിടിച്ചു അങ്ങനെയൊക്കെ ഇത്ര ഇത്ര ജാതിയും ആ ജാതി ഈ ജാതി അങ്ങനെയുണ്ട് തൊട്ടുകൂടാത്തത് തേണ്ടിക്കൂടാത്തത് ദൂരെ കണ്ട ഓടേണ്ടത് ചാടേണ്ടത് ഇങ്ങനെ ഉള്ളതൊക്കെ ഉണ്ട് ഒരു വിഭാഗത്തിന് തോന്നി ഒരു അന്വേഷണ കമ്മീഷൻ വയ്ക്കാം ഇതെവിടുന്നാണ് ഉദ്ഭവിച്ചതെന്ന് അങ്ങനെ അവരെത്തിച്ചേർന്നത് ഇതാ ഇവിടെ നാലാം അധ്യായത്തിൽ പതിമൂന്നാമത്തെ ശ്ലോകത്തിലെത്തി എവിടെ നിന്നാണ് ജാതിയുടെ ആരംഭം എവിടെയാണ് ഭഗവത്ഗീതയാണ് അതിന്റെ ആരംഭം അപ്പൊ ജാതിയെ സൃഷ്ടിച്ചത് ഗീതയാണ് പിന്നെ ഇതങ്ങോട്ട് കത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ജാതി അങ്ങോട്ടില്ലല്ലോ കുറേ ശ്രമം കേരളത്തിൽ പോലും നടന്നിട്ടുണ്ട് ആലപ്പുഴ ഭാഗത്തൊക്കെ ഇവിടെ അങ്ങനെ രണ്ട് വിശിഷ്ട ഗ്രന്ഥങ്ങൾ കത്തിക്കപ്പെട്ടിട്ടുണ്ട് ഒന്ന് മനുസ്മൃതി ഒന്ന് ഇതുവാണ് അതിടയ്ക്കിടയ്ക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ തോന്നുന്നു ശരി ഭഗവാൻ ഇവിടെ വ്യാസർക്ക് ഇവിടെ ഈ ഒരു സാമൂഹിക വ്യവസ്ഥിതിയെക്കുറിച്ച് പറയാൻ ആണ് ഉദ്ദേശമെങ്കിൽ പറയാമായിരുന്നു ചാതുർവർണ്യം മയാസൃഷ്ടം ജന്മകർമ്മ വിഭാഗശഹ എന്ന് ജന്മത്തിലൂടെ കർമ്മത്തിലൂടെ നാല് വർണ്ണങ്ങൾ എന്നാൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് അദ്ദേഹത്തിന് സംസ്കൃതമൊക്കെ അറിയുന്ന ആളാണ് പിന്നെ പ്രാസം പോവാതെ പറയാനും അറിയാം എന്താണോ പറയേണ്ടത് അത് വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ അദ്ദേഹത്തിന് അവതരിപ്പിക്കാൻ കഴിയും ഇവിടെ നമ്മുടെ ശ്രദ്ധ മുഴുവൻ വരേണ്ടുന്നത് ഞാൻ അതിൻ്റെ കർത്താവുമാണ് ഞാൻ അതിൻ്റെ അകർത്താവുമാണ് എന്നാണ് അപ്പൊ ഭഗവാൻ ഒരു കാര്യത്തിൻ്റെ കർത്താവും അകർത്താവുമായി നിലകൊണ്ട് ഈ വർണ്ണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആ വർണ്ണമെന്താണ് ഇത് വളരെ വളരെ ആലോചിക്കേണ്ടുന്ന ശ്ലോകമാണ് പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ മനസ്സിൽ ഈ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്ര ഭാവങ്ങൾ തള്ളി നിൽക്കുന്നത് കാരണം ഈ ശ്ലോകത്തിൻ്റെ അന്തരാർത്ഥം പിടികിട്ടാൻ കുറച്ച് വിഷമാണ് സ്വാമിക്ക് നന്നേ പ്രയത്നിക്കേണ്ടി വരും വരുന്ന ഒരു ദിവസം കൂടെ ഇതിനുവേണ്ടി ചെലവഴിക്കാം എന്ന് വിചാരിക്കണം ഇപ്പൊ ഉള്ള കുറച്ച് സമയവും അപ്പൊ അത് നമ്മുടെ ഉള്ളില് വളരെ ആഴത്തില് വേരോടിയിട്ടുണ്ട് പക്ഷെ ഇതുവരെ നിങ്ങൾ ഈ എന്താ കേട്ടതും അതിന്റെ വെളിച്ചത്തില് ഇത് ഇതിന് സമാനമായ ഒരു ചിന്ത നമുക്ക് തോന്നിയിട്ടുള്ളത് ദക്ഷിണാമൂർത്തി സ്തോത്രത്തിലാണ് നാനാചിദ്രഘടോദരസ്ഥിതമഹ ദീപ്രഭാ ഭാസ്വരം ജ്ഞാനം യു ചുരാതികരണ ദ് ബഹിസ്പന്താമീതി തമേവ ഭാന്തമനുഭാതി എതത് സമസ്തം ജഗത് പറയുന്നു ഒരു മൺഗുടം നാനാചിദ്രഗടോദരസ്ഥിതമഹദീപ്രഭാഭാസ്വരം അനേക ദ്വാരങ്ങളുള്ള ഒരു മൺകുടത്തിനകത്ത് ഒരു ചിരാത് കത്തിച്ചു വെച്ചിട്ടുണ്ട് ആ ചിരാതിന്റെ പ്രകാശം ദ്വാരങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നു ആ ദ്വാരങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ചക്ഷുരാധികരണ ദ്വാരാ ബഹിസ്പന്ദത കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ഇത്യാദികളിലൂടെ ബാഹ്യമായി പ്രകടമാകുന്നു അങ്ങനെയുള്ള നാല് വർണ്ണങ്ങളുണ്ട് ഇവിടെ എന്താണ് ഗന്ധരൂപം തേജോരൂപം വായുരൂപം ജലരൂപം അതായത് കണ്ണിലൂടെ വരുന്ന സമയത്ത് അത് കാഴ്ചയായി ഭവിക്കുന്നു കാതിലൂടെ വരുന്ന സമയത്ത് കേൾവിയായി ഭവിക്കുന്നു മൂക്കിലൂടെ വരുന്ന സമയത്ത് ഗന്ധമായി ഭവിക്കുന്നു ഈ നാലും വൈവിധ്യമാർന്നതാണ് നാലും എന്നുടെ സാന്നിധ്യത്തിൽ എൻ്റെ സാന്നിധ്യത്തിലുള്ളതാണ് പക്ഷേ അത് അതിൻ്റെ ഗുണത്തിനും കർമ്മത്തിനും അനുസരിച്ച എനിക്കതിൽ പങ്കില്ല ഞാൻ ഗന്ധമാണോ അല്ല എന്നെക്കുറിച്ച് ആ ഭഗവാൻ പറയുന്നത് ഇത്ര നേരവും പറഞ്ഞുകൊണ്ടിരുന്നതാകാം എന്നെ ഏതൊക്കെ രൂപത്തിൽ പ്രാപിക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ചാതുർ പറഞ്ഞു ബ്രാഹ്മണക്ഷത്രിയേനെ പറയുമ്പം നിങ്ങൾക്ക് വട്ടുപിടിക്കും ശരിക്കും പറഞ്ഞ സ്വാമി ആ ലൈനിൽ പറഞ്ഞാൽ ഇതേ നിങ്ങൾക്ക് ആശ്വാസം കിട്ടും അപ്പൊ ആ ബോധസത്തയുടെ സാന്നിധ്യത്തിൽ ആ പ്രകാശത്തിൽ എന്താ ആത്മചൈതന്യത്തിൽ എന്തുണ്ടാവുന്നു കണ്ണ് കാണുന്നു കാത് കേൾക്കുന്നു ഗന്ധമറിയുന്നു നാസിക പക്ഷേ ഞാൻ നാസികയാണോ അല്ല അതതിൻ്റെ ഗുണത്താൽ അതിൻ്റെ കർമ്മത്താൽ അതിനനുസൃതമായിട്ട് അത് പ്രതികരിക്കുന്നു അതിനെ പിന്നെയുള്ളൊരു നല്ലൊരു ഉദാഹരണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും യുവജനോത്സവത്തിൽ പഴയ യുവജനോത്സവത്തിൽ പുതിയ യുവജനോത്സവത്തിൽ മാറിയ യുവജനോത്സവത്തിൽ ഇത് കാണുന്നത് ഇപ്പൊ കുറവാ അല്ലെങ്കിൽ പഴയ നമ്മുടെ നാടൻ ക്ഷേത്രങ്ങളിലും അല്ലെ ചെറിയ ക്ഷേത്രങ്ങളിലൊക്കെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉത്സവത്തോടനുബന്ധിച്ചൊക്കെ ഉണ്ടാവും അതിൽ കുട്ടികളുടെ നാടോടി ഗാനങ്ങൾ നൃത്ത നൃത്യങ്ങൾ എന്ന് പറഞ്ഞൊരു പരിപാടി വരുമ്പം ഈ ഒരു സംഭവമുണ്ട് ഒരു ചക്രം തന്നെ വരും ഒരു വലിയൊരു ചക്രം ആ ചക്രത്തിൽ ഓരോരോ ദ്വാരങ്ങളുണ്ട് ആ ദ്വാരത്തിലൊക്കെ ഓരോ വർണ്ണക്കടലാസ് ഒട്ടിച്ചിട്ടുണ്ട് ഒരു ദ്വാരത്തിൽ നീല ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഒരു ദ്വാരത്തിൽ മഞ്ഞ ഒട്ടിച്ചു ഒരു ദ്വാരത്തിൽ ചുകപ്പൊട്ടിച്ചു ഒരു ദ്വാരത്തിൽ പച്ച ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ പിറകിലൊരു ബൾബുണ്ട് എന്നിട്ട് ഈ സ്റ്റേജിൽ ഇങ്ങനെ എന്താ പറയുക ഡാൻസ് ഇങ്ങനെ ഇങ്ങനെ മുറുകും അല്ലേ അത് പലപ്പോഴും എന്താ േടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഡിങ്കര ഡിങ്കര ഡിങ്കാര എന്നൊക്കെ പറയുമ്പോ ഇതിങ്ങനെ കറക്കി കൊടുക്കും അപ്പൊ കുറവനും കുറത്തിയുമൊക്കെ ആയിട്ട് അങ്ങനെ ഒരു കോർണറിൽ പോകുന്ന സമയത്ത് ഒരു പച്ച പിന്നെ ഇങ്ങനെ അവരിങ്ങനെ ഓടുമ്പോ ഇതൊങ്ങനെ കറങ്ങും അപ്പോഴാണ് ഇപ്പുറം നിന്നിട്ട് ബൾബ് ഉവാച ചാതുർവർണ്യം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശ തസ് കർത്താരമിമാം തസ് കർത്താരം അഭിമാം തസ് അകർത്താരം മാം വിദ്ധി ചാതുർവർണ്ണ്യം മയാസൃഷ്ടം വൾവിന് പറയാം എന്നാൽ ഞാൻ നാല് വർണ്ണങ്ങളെ സൃഷ്ടിച്ചു എങ്ങനെയാണത് സൃഷ്ടിച്ചത് ഗുണകർമ്മ വിഭാഗശേതൊരു വസ്തുവിലൂടെയാണോ പ്രകാശം കടന്നു പോകുന്നത് ആ വസ്തുവിന്റെ സ്വഭാവത്തെ സ്വീകരിക്കാനുള്ള കഴിവ് പ്രകാശത്തിനുണ്ട് ഏതൊരു പ്രബലത്തിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പൊ മഞ്ഞ ഗ്ലാസിലൂടെ ആ ഒരു കടലാസിലൂടെ കടന്നു പോകുമ്പോൾ മഞ്ഞയെ സൃഷ്ടിക്കാൻ അതിന് സാധിക്കും അതെന്താണ് അതിന്റെ ഗുണകർമ്മത്തിന്റെ വിഭാഗം കൊണ്ടുണ്ടായിട്ടുള്ളതാണ് അതിലെനിക്ക് പങ്കില്ല പക്ഷേ എന്റെ സാന്നിധ്യത്തിലാണത് തസ്യ കർത്താരം ഞാനാണ് അതിൻ്റെ കർത്താവ് അതേ സമയത്ത് ഞാനതിൻ്റെ അകർത്താവുമാണ് അർജുനൻ ചോദിച്ചിട്ടുണ്ട് ആരാണ് ഭഗവാനെ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഞാൻ അതിൻ്റെ കർത്താവുമാണ് അകർത്താവുമാണ് മരിച്ച ഒരാൾ ഒരിക്കലും കൊലപാതകം ചെയ്യില്ല മരിച്ചു കിടക്കുന്ന ഒരാൾ വേറൊരാളെ കൊത്തിക്കൊല്ലൂ ഇല്ല അപ്പോ ബോധസ്വരൂപ ഈശ്വരനാണല്ലോ എല്ലാം അതെ ഞാൻ തന്നെയാണ് ഞാൻ അതിന്റെ കർത്താവുമാണ് അകർത്താവുമാണ് എല്ലാ ചെയ്തികളിലും ഭഗവാൻ ഇത് പറയാനുണ്ട് അല്ലാതെ വെറുതെ ബ്രാഹ്മണനെക്കുറിച്ചും ക്ഷത്രിയനെ കുറിച്ചും അല്ല അപ്പൊ ഞാൻ കർത്താവായും അകർത്താവായും നിലകൊള്ളുന്നതെങ്ങനെ ഇതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ കർത്താവുമാണ് അകർത്താവ് ഇനി അതിനെക്കുറിച്ചാണ് പറയാൻ തുടർന്ന് പറയാൻ പോകുന്നത് കർമ്മത്തിൽ അകർമ്മവും അകർമ്മത്തിൽ കർമ്മവും അങ്ങനെ ബ്രഹ്മത്തെ കാണുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇടയിൽ കൊണ്ടുപോയിട്ട് ഇത് വിറ്റാക്കുക എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണ് അത് ഇനിയിപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതിൽ പല വ്യാഖ്യാനങ്ങളും ഈ ശ്ലോകത്തിനെ ന്യായീകരിക്കാനായിക്കൊണ്ട് കുറെ കാണുന്നുണ്ട് അതിന്റെ ആവശ്യമില്ല ഒരു വർഗരഹിത ലോകത്തെ ഏറ്റവും ഈ ലോകത്തിന്റെ ശാന്തിയെ ഒരു എന്താ പറയുക ിതിയെ ആഗ്രഹിച്ച ആളുകളായിരുന്നു മാർക്സും ആങ്കൽസും ലെനിനും ഒക്കെ അവരുടെ അവരുടെ എന്താ പറയുക കമ്മ്യൂണെന്നോ അല്ലെങ്കിൽ അവർ തന്നെ വിഭാവനം ചെയ്യുന്ന നാല് തലങ്ങളുണ്ട് ഒന്ന് ബുദ്ധിജീവികൾ രണ്ട് മിലിട്ടറി പട്ടാളം അതായത് മൂന്ന് പിന്നെ ബിസിനസ് കച്ചവടം നാല് തൊഴിലാളികൾ ഇങ്ങനെ ഒരു വർഗരഹിത ോകം അല്ലെങ്കിൽ ഒരു അത് അസംഭാവ്യാണെന്ന് പറയാം അപ്പോൾ അതുകൊണ്ട് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിജീവികളാണ് എന്നും ക്ഷത്രി എന്ന് പറഞ്ഞാൽ പോലീസാണ് പട്ടാളമാണ് എന്നും വൈശ്യൻ എന്ന് പറഞ്ഞാൽ ബിസിനസ്സുകാരനാണ് എന്നും ശൂദ്രൻ എന്ന് പറഞ്ഞാൽ തൊഴിലാളികളാണെന്നും അങ്ങനെ ഇവിടെ ബ്രാഹ്മണനെയും ക്ഷത്രിയനെയും അതായത് പോലീസുകാരനെയും മിലിട്ടറിയെയും അതുപോലെ കച്ചവടക്കാരെയും ഒക്കെ ഞാൻ ഇത് ഇത് പറയാൻ ഭഗവാൻ വലിയ താല്പര്യമൊന്നുണ്ട് ഇവിടെ ഈ സമയത്ത് വലിയ വലിയ ആശയങ്ങളൊക്കെ പറയുന്ന ഒരാൾ പെട്ടെന്ന് വന്നിട്ട് ഈ നാല് ആളുകളെക്കുറിച്ച് പറയുക എന്ന് ബുദ്ധിമുട്ടാണ് അത് സ്വാമിയിലെന്തോ അലോസരങ്ങൾ സൃഷ്ടിക്കുമോ അങ്ങനെ മനസ്സിലാക്കാൻ പലപ്പോഴും നമുക്ക് അങ്ങേയറ്റത്തെ ആശയക്കുഴപ്പങ്ങളും ഉണ്ടായിട്ടുണ്ട് ഈ ശ്ലോകത്തിൽ അതുകൊണ്ട് നിങ്ങളിതിന്റെ ആഴങ്ങളിലേക്ക് പോയാൽ ഇതിന്റെ ഊന്നൽ മുഴുവൻ ഞാൻ കർത്താവും അകർത്താവും എന്നതില്ല ബ്രാഹ്മണന്റെ ലക്ഷണം ഏതായാലും സ്വാമി പറയാൻ പോവുക നാളെ അത് പലർക്കൊരു എന്താ ബ്രാഹ്മണൻ ആരാന്നറിയണം ചിലർക്ക് ബ്രാഹ്മണൻ ആകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതും ദുർത്തുതരാ ആയിട്ടുള്ളവർക്ക് ശരിയായ ബ്രാഹ്മണനായി ഇരിക്കാനുള്ള അത് അതും തിരുത്തു തരാം രണ്ടുപേരുടെ ആഗ്രഹം സഫലാക്കി തരാം വജ്രസൂചികോപനിഷത്ത് ബ്രാഹ്മണന്റെ ലക്ഷണം ചോദിച്ചുകൊണ്ട് ആരംഭിക്കണു ബ്രാഹ്മണൻ ആരെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കണം അവരെ അപ്പൊ ഈ ശ്ലോകത്തെ നമുക്ക് ഒന്നുകൂടെ വിസ്തരിക്കേണ്ടതുണ്ട് ഈ ശ്ലോകത്തിന്റെ ഉപനിഷത്തിന്റെ വെളിച്ചത്തിലും അതിൻ്റെ തലങ്ങളിലൊക്കെ നിന്ന് നോക്കണം ഒരു സാമൂഹിക ശാസ്ത്രമല്ല ഒരിക്കൽ കൂടി പറയട്ടെ ഭഗവാൻ അത് പറയാൻ ഒരു താല്പര്യവും ഇവിടെ ഇല്ല ചാതുർവർണ്യം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശഹ തസ്യ കർത്താരമഭിമാം വിദ്യ അകർത്താരം അവ്യയം ഭഗവത്ഗീതയിൽ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ശ്ലോകമാണ് നാലാം അധ്യായത്തിലെ ഈ ശ്ലോകം ഇന്ന് നമ്മൾ ഇന്നലെ കണ്ടുവന്ന് പറയാ വളരെ വിസ്തരിച്ച് കാണേണ്ടതുണ്ട് ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഭഗവത്ഗീതയ്ക്കുണ്ട് മൂല ശ്ലോകത്തോട് അതിൻ്റെ അത് ഉപയോഗിച്ചിട്ടുള്ള ഭാഷ സംസ്കൃതമാണ് ആ ഭാഷയോട് നീതി പുലർത്തുക ഇതൊക്കെ അതിൽ ആവശ്യമാണ് പക്ഷെ ചാതുർ പറഞ്ഞെന്നുള്ളതിന് പോലെ പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ നോക്കുമ്പോ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കാണേണ്ടതുണ്ട് ചാതുർവർണ്ണയം എന്ന് പറയുമ്പോൾ വർണ്ണം എന്ന് പറഞ്ഞാൽ നിറം എന്ന് സാമാന്യം വർണം നിറം പിന്നെ യാസ്കന്റെ നിരുക്ത മൂന്ന് പ്രകാരത്തിൽ വർണ്ണത്തെ നമ്മൾ കണ്ടു ഒന്ന് എന്താണ് വർണോ വ്രണോദേഹ ഒന്ന് എന്താണ് വരണം ചെയ്യുന്നത് വ്രണോദേഹ എന്ന് പറഞ്ഞാൽ ആവരണം ചെയ്യുന്നത് വർണ്ണം രണ്ട് വ്രിയതേ വർണ്ണ വ്രിയതെ എന്ന് പറഞ്ഞാൽ വരിക്കുന്നത് സ്വീകരിക്കുന്നത് വ്രിയതെ ഇതി വർണ്ണ രണ്ടാമത്തത് പിന്നെ വർണ്ണതേ ഇതി വർണ്ണ വർണ്ണിക്കുന്നത് വർണ്ണം ഇനി പാണിനി എന്ന് പറഞ്ഞ സംസ്കൃത ശബ്ദങ്ങൾക്ക് രൂപം കൊടുത്തിട്ടുള്ള ധാതു ധാതുക്കളെയൊക്കെ കണ്ടെത്തി അതിനെ ഗണങ്ങള് പല ഗണങ്ങളാക്കി തിരിച്ച് ധാതു രൂപാവലി നിർമ്മിച്ചിട്ടുള്ള ഒരു മഹാമനീഷിയാണ് പാണിനി പാണിനിയുടെ സൂത്രങ്ങൾ ഭാഷാശാസ്ത്രത്തിൽ മുന്നോട്ട് പോയിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം യാസ്കനും പാണിനിയുമൊക്കെയാണ് സംസ്കൃതത്തിൻ്റെ എന്താ പറയുക പിതാമഹന്മാർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അപ്പൊ പാണിനിയുടെ ധാതു തുടങ്ങുന്നത് ഭൂസത്തായാം എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാമത്തെ ധാതു ആരംഭിക്കുകയാണ് സംസ്കൃതത്തില് കാര്യങ്ങൾ നോക്കിക്കാണുന്നവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് സ്വാമി പറയുന്നതാണ് അവർ ഇങ്ങനെ ഒന്ന് ചിന്തിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒന്നാമത്തെ ധാതു അപ്പം ഭൂസത്തായാമ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ധാതുക്കളെ പുസ്തക രൂപത്തിൽ കിട്ടാനുണ്ട് പുസ്തകത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ധാതുക്കളെ ചേർത്തിട്ട് അവസാന ധാതു ആയിട്ടുള്ള തുധ ആവരണേ തുധ ആവരണേ എന്ന് പറഞ്ഞുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലാമത്തെ ധാതു അവസാനിക്കുന്നു അതില് സ്വാമി എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൃത്യമായ വിവരണം തരിക നിങ്ങൾക്ക് അതിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് വർണ് എന്ന ധാതുവിനെ പറഞ്ഞിട്ടുണ്ട് എന്താണ് എന്ന് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലും ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി രണ്ട് ധാതുക്കളില് വർണ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറയുന്നുണ്ട് എന്താണ് വർണ്ണ എന്ന് പറഞ്ഞ വർണ്ണ ക്രിയാവിസ്താര ഗുണവചനേഷു ക്രിയാവിസ്താര ഗുണവചനേഷു പല പ്രകാരത്തിലിതാ പറഞ്ഞിരിക്കണം എന്തൊക്കെയാണ് ഒന്ന് വർണ്ണിക്കുക രണ്ട് വിശദീകരിക്കുക വർണ് എന്നുള്ളതിന് പറയുന്നതാ ഒന്ന് വർണ്ണിക്കുക രണ്ട് വിശദീകരിക്കുക മൂന്ന് പ്രകാശിപ്പിക്കുക നാല് പ്രേരിപ്പിക്കുക അഞ്ച് പൊടിക്കുക ഇനി ഗുണം എന്ന് പറഞ്ഞാൽ എന്താണ് ഗുണം എന്ന് പറഞ്ഞാൽ പാണിനി ഗുണ ശബ്ദത്തിന് പറഞ്ഞിരിക്കുന്നത് ആമന്ത്രണേ ഗുണ എന്നാണ് ഗുണ ആമന്ത്രണേ ആമന്ത്രണേ എന്ന് പറഞ്ഞാൽ ക്ഷണിക്കുക ഉപദേശിക്കുക ഗുണനം ചെയ്യുക പെരുക്കുക നമ്മൾ സാധാരണ പറയാറുള്ളതാ മലയാളത്തിൽ ഇതൊക്കെ ഈ തന്നെ എടുത്ത് പ്രയോഗിക്കുന്നുണ്ട് സ്വാമി അവനെ ഗുണദോഷിക്കണം എന്ന് പറയും ഇല്ലേ അവനെ ഗുണദോഷിക്കണം എന്ന് പറഞ്ഞാൽ എന്താ സാരമാക്കുന്നത് അവന് അവന് നല്ല നല്ല ഉപദേശങ്ങൾ നൽകണം അതുകൊണ്ട് ഉപദേശിക്കുക എന്നത് എന്താണ് ഗുണം എന്നുള്ളതിന് ഉപദേശിക്കല പിന്നെ അതുപോലെ എന്താണ് ക്ഷണിക്കുക എന്നുള്ളത് ഗുണധാതുവിൽ വരുന്നു ക്ഷണിക്കുക അതുപോലെ ഗുണനം പെരുക്കുക ഗുണനം അപ്പൊ ഈ വഴിയിലൊക്കെ അതിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരുപാട് വഴികളിലുണ്ട് നമുക്ക് സഞ്ചരിക്കാൻ ധാതു എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ കർമ്മ ഗുണകർമ്മ വിഭാഗശഹ എന്ന് പറയുമ്പം കർമ്മങ്ങളുടെ അനന്തര എന്താ കർമ്മങ്ങളുടെ കർമ്മ കർമ്മങ്ങൾക്ക് ഒരുപാട് എന്താ ഭാവങ്ങളുണ്ട് അനന്തമാർന്ന ഗുണങ്ങളുടെ കർമ്മങ്ങളുടെ ഭാവങ്ങൾ മയാസൃഷ്ടം അങ്ങനെയാണല്ലോ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എന്തൊക്കെ വൈവിധ്യമാർന്ന കർമ്മങ്ങളുണ്ടോ അപ്പൊ നമ്മൾ കർമ്മങ്ങളെ അഞ്ചുവിധം പഠിച്ചു ഉക്ഷേപണം അവക്ഷേപോ ഗമനം ച പ്രസാരണം ആകുഞ്ചനം ഇതി പ്രാഹു കർമ്മ പഞ്ചവിധം ബുധാഹ ഭഗവാൻ പലതും നാലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഭഗവത്ഗീതയിൽ ഭഗവാൻ ഇഷ്ടപ്പെട്ട നമ്പറാണ് നാല് ചതുർമിതം പചാമ്യഹം ഭഗവത്ഗീത പതിനഞ്ചാം അധ്യായത്തിൽ ചതുർവിധാഹാ ഭജന്തേമാം നാല് പ്രകാരത്തിൽ ഭക്തന്മാർ എന്നെ ഭജിക്കുന്നു നമ്മൾ പഠിക്കുമെന്ന് ആർത്തോ ജിജ്ഞാസുരർത്ഥാത്തി ജ്ഞാനീചരദർഷത എന്ന് പറയുന്നുണ്ട് അപ്പൊ നാല് പ്രകാരത്തിലുള്ള അന്നത്തെ ചർവ്യ ഖാദ്യ പേയ ലേഹ്യങ്ങളെ നാല് പ്രകാരത്തിൽ കഴിക്കുന്ന ഭക്ഷണത്തെ ഞാൻ ദഹിപ്പിക്കുന്നു ഇങ്ങനെയൊക്കെ നാലിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് നാല് കാര്യങ്ങൾ ചതുർവിധ പുരുഷാർത്ഥം ഇത്യാദികളൊക്കെയുണ്ട് പക്ഷേ ഇവിടെ വേറെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വന്നിട്ടുള്ളതാണ് ഇപ്പൊ വലിയൊരു പ്രശ്നം എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യ സ്വാമികൾ ഭഗവത്ഗീതയ്ക്ക് ഇപ്പൊ നിങ്ങൾക്ക് അറിയാൻ ചിലപ്പോ സ്വാമി ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോ നാളെ ഒരു ചിട്ട് വരും സ്വാമിയുടെ മുമ്പിൽ അതെ സ്വാമിയെ ഇനി ശങ്കരാചാര്യ സ്വാമികൾ ഭാഷയൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ നല്ലതാ അപ്പൊ പറഞ്ഞിട്ടുണ്ട് ഇതാ അതിൽ പറഞ്ഞത് ആചാര്യസ്വാമികൾ പുരുഷസൂക്തത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് പുരുഷസൂക്തത്തില് ബ്രാഹ്മണ ഈ എന്താ പറയാ ബ്രാഹ്മണനെ കുറിച്ചും ക്ഷത്രിയനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് ബ്രാഹ്മണോസ്യ മുഖമാസീ ഇത്യാദി ശ്രുതി വചനേഹെ എന്നും പറഞ്ഞിട്ട് ശ്രുതിയെ ഉദ്ധരിച്ചുകൊണ്ടാണ് ആചാര്യസ്വാമികള് ഇത് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ആചാര്യസ്വാമികള് ശങ്കരഭാഷ്യത്തില് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര ജന്മ അല്ലെങ്കിൽ അവിടെ പറയുന്ന കർമ്മം കൊണ്ട് ഇങ്ങനെയുള്ള വിഭാഗങ്ങളെക്കുറിച്ച് തന്നെയാണ് ഭാഷ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ഭാഷ്യത്തിൽ ആചാര്യസ്വാമികൾ ഈ ശ്ലോകത്തിന് അധികം ഊന്നൽ നൽകിയിട്ടില്ല സാമാന്യമായി ഒരു മുക്കാൽ പേജിൽ ഭാഷ്യം പറഞ്ഞ് ആചാര്യസ്വാമികൾ ഇതിന് ഒഴിവാക്കിയിട്ടുണ്ട് അതിനത്ര ഊന്നലൊന്നും നൽകിയിട്ടില്ല പിൽക്കാലത്ത് വന്നിട്ടുള്ള ആളുകൾക്കാണ് ഇതിലെന്തോ പേജുകൾ തന്നെ അവർക്ക് വേണ്ടി വന്നത് അവർ ഇന്ത്യയിലെ മുഴുവൻ ജാതി വ്യവസ്ഥകളും അതും ഇതൊക്കെ എടുത്തിട്ടുണ്ട് ചാര്യ സ്വാമികളെ സംബന്ധിച്ച് ഇത് വലിയൊരു വിഷയമാണ് എന്ന് തോന്നിയിട്ടില്ല ഇരിക്കട്ടെ അതൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു ശ്രദ്ധാപൂർവമായിട്ടുള്ള പഠനം നടത്തി വരുമ്പോ നമുക്ക് ഇതിനെ വേണമെങ്കിൽ പൂർണ്ണമായി മാറ്റി നിർത്തിക്കൊണ്ട് ഈ ശ്ലോകത്തെ കാണാം സ്വാമി ഒരു ഗീതാ വിദ്യാർത്ഥി എന്ന നിലയിൽ ഇതിൽ ഏറ്റവും ഊന്നൽ നൽകുന്നത് ഞാൻ കർത്താവും അകർത്താവും എന്ന ഭഗവാന്റെ വാക്യത്തിലാണ് ഞാനിതിൽ കർത്താവുമാണ് അകർത്താവുമാണ് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയും അപ്പൊ ഗുണകർമ്മ വിഭാഗയോഹോ ഗുണങ്ങളുടെയും കർമ്മങ്ങളുടെയും വിഭാഗം കൊണ്ട് എന്ന് പറയുമ്പോ ഒരുപാട് എന്താ ഇന്ദ്രിയങ്ങൾ നമ്മള് എന്താ ഇന്നലെ കണ്ടു ഗന്ധരൂപത്തില് തേജോ രൂപത്തില് വായുരൂപത്തില് ജലരൂപത്തിലൊക്കെ ഇപ്പൊ ഭഗവത്ഗീതയിലെ നാല് കുതിരകളെ എടുക്കുകയാണെങ്കിൽ നാല് ഇന്ദ്രിയങ്ങളെ അഞ്ചിന്ദ്രിയങ്ങളാണെങ്കിലും നാല് ഇന്ദ്രിയങ്ങൾ തൊതു ഇന്ദ്രിയം സ്പർശമറിയാനും രസമറിയാനുമുള്ളതാണ് അതുകൊണ്ട് തേജോ രൂപമായിട്ടുള്ളത് അതൊക്കെ അതിനെ ഒന്നുകൂടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കും ഇവിടെ തന്നെ ഇന്ന് തന്നെ നമുക്ക് കാണാം അത് അപ്പൊ അങ്ങനെ ഇന്നലെ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിന്റെ വെളിച്ചത്തിൽ ഒരു ചെറിയ മനസ്സിലാക്കൽ ശ്രമം നടത്തി എന്താണ് എപ്രകാരമാണോ ഒരു ചിരാതിനകത്ത് ഒരു കുടത്തിനകത്ത് ഒരു ചിരാത് വെച്ചിരിക്കുന്നത് ആ ചിരാത് ആ ചിരാതിലെ പ്രകാശം പല ദ്വാരങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നത് ഒരു രൂപത്തിൽ വരും ഈ ക്രിസ്മസ് സ്റ്റാർ എന്നൊക്കെ വരുന്നില്ലേ ലൈറ്റ് അതുപോലെ അതുപോലെ ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിൽ കണ്ണ് കാണുന്നു കാത് കേൾക്കുന്നു മൂക്ക് ഗന്ധമറിയുന്നു തൊക്ക് സ്പർശമറിയുന്നു രസം രസനയെ അറിയുന്നു ഇതൊക്കെ എന്റെ സാന്നിധ്യത്തിലാണ് പക്ഷെ എനിക്കതിലൊന്നും പങ്കില്ല ഗുണങ്ങളും ഗുണങ്ങളുടെ കർമ്മ വിഭാഗങ്ങൾ അതിൻ്റെ ചേർച്ച നിമിത്തം ഇന്നലെ നമ്മൾ ബൾബ് വാചയിൽ കണ്ടു ഇല്ലേ ബൾബ് പറഞ്ഞു ചാതുർഭർണ്യം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശഹ തസ്യ കർത്താരം അഭിമാ വിദ്യ കർത്താരം ഇതിനൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് എങ്കിലും എനിക്കതിലൊന്നും ഉത്തരവാദിത്വം ഇല്ല എന്ന് പറയാം ഏതൊരു വളരെ എന്താ ഭഗവാൻ നേരിട്ട് ഇതൊന്നും ചെയ്യുന്നില്ല പിന്നെയോ സാന്നിധ്യമാത്രയിൽ കാര്യങ്ങൾ നടക്കുന്നു ഇതാണ് ഈ എന്താ ശ്ലോകത്തിൽ വളരെ ശ്രദ്ധേയമായിട്ട് മനസ്സിലാക്കാനുള്ളത് പിന്നെ ഈ ഗുണ എന്നുള്ളതിൽ ഉപദേശിക്കലും ക്ഷണിക്കലും പെരുക്കലും ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിതിന് പുതിയൊരു മാനം കിട്ടുമെന്ന് പറയാം ഈ പറഞ്ഞിട്ടുള്ള വർണ്ണ ശബ്ദത്തിന് ഒരു ഇന്ന് പ്രകാരത്തിൽ ജനിച്ചവൻ എന്ന അർത്ഥം വരുന്നു അതുകൊണ്ട് സ്വാമി ധാതുക്കളൊക്കെ ഉന്നയിച്ച് പറഞ്ഞത് അതിനെ വിശദീകരിക്കുകയാണെങ്കിൽ ഓരോന്നിനും നമുക്ക് വിശദീകരിക്കുക പ്രകാശിപ്പിക്കുക പ്രേരിപ്പിക്കുക പൊടിക്കുക എഴുതുക അയയ്ക്കുക ജനിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് എത്തിക്കായിരുന്നു എന്ന് പറയാം ഇനി നമുക്കെന്താ പുരുഷസൂക്തത്തില് ആചാര്യസ്വാമികൾ പറഞ്ഞിരിക്കണോ അല്ലെങ്കിൽ പുരുഷസൂക്തം പുരുഷസൂക്തം വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ് ഭഗവാന്റെ വിരാട് രൂപത്തെ വർണ്ണിക്കുന്നതാണ് സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമി വിശ്വതോവൃത്വ അത്യതിഷ്ട ദശാങ്കുലം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നതാണ് പുരുഷസൂക്തം എല്ലാ വേദങ്ങളിലും പുരുഷസൂക്തമുണ്ട് നാല് വേദത്തിലും പുരുഷസൂക്തം നിലകൊള്ളുന്നുണ്ട് സഹസ്രശീർഷ പുരുഷ ആയിരം തലയുള്ളവൻ ഇപ്പൊ ഇതാ സഹസ്രശീർഷ എന്ന് പറഞ്ഞ ഇവിടെ നിങ്ങൾ ഇപ്പൊ നിങ്ങളെ കാണുമ്പം പുരുഷസൂക്തം അധ്യയനം ചെയ്യുന്ന ഒരുവൻ കാണേണ്ടത് എങ്ങനെയാ ഈശ്വരനാണിത് സഹസ്രശീർഷ സഹസ്രാക്ഷ സഹസ്രപാദ് ആയിരം കണ്ണുകള് ആയിരം തലകള് ആയിരം കാലുകള് അപ്പൊ ഇതെന്താ ഈശ്വരൻ ഒറ്റക്കണ്ണനാണെന്ന് വിചാരിക്കും ആ ആയിരം തലയിൽ ആ രണ്ടായിരം കണ്ണു വേണ്ടേ തലയ്ക്ക് എത്ര കണ്ണു വേണം രണ്ടായിരം കണ്ണു വേണം ആയിരം തലയ്ക്ക് രണ്ടായിരം കാലും വേണം അപ്പൊ ഇവിടെ രണ്ടായിരം കാലിനെ കുറിച്ചോ രണ്ടായിരം കണ്ണിനെ കുറിച്ചോ പറയുന്നില്ല എല്ലാം ആയിരത്തെക്കുറിച്ചാണ് പറയുന്നത് സഹസ്രശീർഷ സഹസ്രാക്ഷ സഹസ്രപാത് അപ്പൊ ആയിരം അനന്തതയെ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള ആൾക്കൂട്ടങ്ങൾ കാണുന്ന സമയത്ത് നമ്മളാ വിശ്വരൂപനെ കാണണം തൃശൂർ പൂരൊക്കെ കാണുമ്പം നമ്മൾ കാണുന്നത് ആരാണ് വിരാട് ഭാവത്തിലുള്ള ഈശ്വരനെ വലിയ പാർട്ടി സമ്മേളനങ്ങളും അല്ലെങ്കിൽ മറ്റ് ആൾക്കൂട്ടം എവിടെയുണ്ടോ അതൊക്കെ വിരാട് ഭാവമാണ് ഭഗവാന്റെ എന്ന് തുടങ്ങുന്ന ഈ പുരുഷ സൂക്തത്തില് ബ്രാഹ്മണൻ ഭഗവാന്റെ ബ്രാഹ്മണോ മുഖമാസീത് ബ്രാഹ്മണൻ ഈശ്വരന്റെ മുഖത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടു ബ്രാഹ്മണോസ് മുഖമാസീത് ബാഹൂരാജന്യ കൃത ഊരു തതസ് യദ്വൈശ്യ പദ്ഭ്യം ശൂദ്രോജായത അപ്പൊ കാലിൽ നിന്ന് ശൂദ്രനും കൈകളിൽ നിന്ന് ക്ഷത്രിയനും തുടയിൽ നിന്ന് വൈശ്യനും ജാതമായി എന്നാണ് ഇതേ ആളുകൾ സാമാന്യം പറയാറുള്ളൂ അതുകൊണ്ട് ബ്രാഹ്മണനായിട്ടുള്ള ഞങ്ങളൊക്കെ ഭഗവാന്റെ മുഖത്തു നിങ്ങളൊക്കെ ശൂദ്രന്മാര് കാലിൽ നിന്നുണ്ടായപ്പോ എല്ലാവരും ഭഗവാനെ ആശ്രയിക്കാറ് മുഖത്തെയല്ല കാലിനെയാണ് അല്ലെ അല്ലെ എങ്കിലിവിടെ ആശ്രയിക്കേണ്ടത് ശൂദ്രനെയാണ് അതുകൊണ്ടാണ് വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട് ശൂദ്രന്റെ പാതാന്തികത്തിലിരുന്ന് ബ്രാഹ്മണൻ വേദം അധ്യയനം ചെയ്യണമെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പോയി കഴിഞ്ഞാൽ കീഴ്മേൽ മറിയും അതെ ശൂദ്രന്റെ പാതാന്തികത്തിലിരുന്ന് ബ്രാഹ്മണൻ വേദം അധ്യയനം ചെയ്യണം എന്നാണ് ആ വഴിയിലേക്ക് സ്വാമിക്ക് കൊണ്ടുപോകാൻ ആഗ്രഹമില്ല കാരണം ഇത് വിഷയം അതല്ല സത്യം പറഞ്ഞ ജന്മത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വേറെ പറയാൻ ശരി ഇവിടെ പറഞ്ഞിരിക്കുന്നു വേറെ ചിലതും കൂടെ പുരുഷ സൂക്തത്തിൽ തൊട്ട വരികളായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ബ്രാഹ്മണോസ് മുഖമാസീത് ബാഹുരാജന്യകൃത ഊരു തദസേ അദ്വൈശ്യ പദ്ഗം ശൂദ്രോ അജായത തുടർന്ന് പറയണു ചന്ദ്രമാ മനസ്സോ ജാത ചന്ദ്രമാ മനസ്സോ ജാത മനസ്സ് ഭഗവാന്റെ മനസ്സ് തന്നെയാണ് ചന്ദ്രനായി ജനിച്ചത് അതുകൊണ്ടാ ചന്ദ്രൻ മനസ്സിന്റെ ദേവനാണ് എന്ന് പറയുന്നു ചക്ഷോ സൂര്യോ അജായത കണ്ണുകൾ സൂര്യനാണ് പറയും പിന്നെയോ മുഖാദിന്ദ്രശ്ചാഗ്നിശ്ച പ്രാണാ വായുരജായത നാഭ്യ ആസീദ് അന്തരീക്ഷം ശീർഷ്ണൗദ്യൗ സമവർത്തത പദ്ഭ്യാം ഭൂമിർദിശ ശ്രോത്രാത് തഥാ ലോകാകും അകൽപ്പയൻ ഇത്രയും കൂടെ നോക്കണം അപ്പൊ അവിടെ മനസ്സിനെക്കുറിച്ചും കണ്ണിനെക്കുറിച്ചും കാലിനെക്കുറിച്ചുമൊക്കെ പറഞ്ഞിരിക്കണം അപ്പൊ ഇതൊരു വിരാട് വർണ്ണനയാണ് ഒരിക്കലും ഒരു വിഭാഗം ജനതയെ സംബന്ധിക്കുന്നതേ അല്ല പക്ഷേ പിൽക്കാലത്തുണ്ടായിട്ടുള്ള വ്യാഖ്യാനങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലുള്ളതാണ് ഇനി ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും എന്ന് പറഞ്ഞാൽ ഇവർ നാല് വർണ്ണങ്ങളാണ് അതിനെക്കുറിച്ചും പറയുന്നുണ്ട് നാല് വർണ്ണങ്ങൾ എന്ന് പറയുമ്പോൾ നാല് നിറങ്ങളുള്ളവരായി ഇവർ അതുകൊണ്ട് ശൂദ്രന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീഗ്രോസാണ് ് നിറമുള്ളവർ കറുത്ത ആൾ അതുകൊണ്ട് ഇന്നലും ഇന്നും ഇംഗ്ലീഷുകാർ ബ്ലാക്ക് ബ്ലാക്കിന് അവര് അവർക്ക് അവരെ അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അവർക്കൊക്കെ വേറെ ഹോസ്പിറ്റലുകൾ അവർക്ക് വേറെ തന്നെ എന്താ പറയുക ഈ കോളനികളൊക്കെ ഉണ്ട് പണ്ടുകാലത്തൊന്നും പണ്ടുകാലത്തല്ല ഇന്നും ഇന്നും വിദേശങ്ങളിലൊക്കെ ഇന്നും അത് ശക്തമാണ് അത്ര അവരുടെ വലിയ പണ്ടുകാസ കുറേയും കൂടെ ഇന്ന് പിന്നെ കുറെ മാറ്റം വന്നു എന്നാലും ഉണ്ട് അത്ര അത് ശക്തമാണ് അപ്പൊ ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ അപ്പൊ മൊത്തം ലോകത്തെ എടുത്തു കഴിഞ്ഞാല് കർത്തവന്മാരൊക്കെ ആരാണ് ശൂദ്രന്മാര് അപ്പൊ നീഗ്രോസ് മുതലായിട്ടുള്ളതൊക്കെ ശൂദ്രന്മാർ പിന്നെ വൈശ്യന്മാര് മഞ്ഞ നിറ ഉള്ളവരാണ് അത്ര കുറച്ച് മഞ്ഞ കളറുള്ളതൊക്കെ വൈശ്യന്മാര് ക്ഷത്രിയന്മാരൊക്കെ ചുവപ്പ് നിറമുള്ളവരാണ് ക്ഷത്രിയന്മാർ ബ്രാഹ്മണന്മാരോ വെളുത്ത നിറ ഉള്ളവർ അപ്പൊ വെളുപ്പ് നിറത്തോടുകൂടിയവൻ ബ്രാഹ്മണൻ ചുവപ്പ് നിറത്തോടുകൂടിയവൻ ക്ഷത്രിയൻ ഒരു മഞ്ഞ കലർന്ന നിറത്ത് ഇത് മഞ്ഞും കറുപ്പും കൂടി കലർന്നതാണ് അവർ മിക്സഡാണ് അങ്ങനെ കലർന്നവൻ വൈശ്യൻ പിന്നെ എന്താ നല്ല കരി കരി മുട്ടി കരിവാടിക്കുട്ടപ്പൻ എന്നൊക്കെ പറയുന്നവര് ശൂദ്രന്മാർ ഇനി ശരി നിങ്ങൾ അങ്ങനെ പറയുകയാണ് സ്വാമിക്ക് ഇതിലെല്ലാം ന്യായമുണ്ട് പറയാൻ ഇങ്ങനെ ഈ കർത്തവനും ചകന്നവനും വെളുത്തവനും ഒക്കെ ആണെങ്കിലും ഞാൻ തന്നെ അവന്മാരെയൊക്കെ സൃഷ്ടിച്ചത് തസ്യ കർത്താരമാധ്യമാണ് ഞാനാണ് പക്ഷെ ഞാൻ ഇവന്റെ ഒക്കെ അകർത്താവും കൂടെയാണ് എനിക്കിതിലൊന്നും ഒരു പങ്കുവില്ല അങ്ങനെ ഭഗവാൻ പറയാം ഇനി ആ ഒരു കമ്മ്യൂണിറ്റിയെ മാറ്റിയാൽ ഒക്കെ മാർക്സ് വിഭാവനം ചെയ്തിട്ടുള്ള ഒരു സമൂഹത്തെ എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട് ബുദ്ധിജീവികൾ എന്ന് പറയുന്നവർ പിന്നെ എന്താ ബിസിനസ് അല്ലെങ്കിൽ പോലീസ് മിലിട്ടറി പട്ടാളം ഇത്യാദികൾ പിന്നെ ബിസിനസ് ഗ്രൂപ്പ് പിന്നെ സാധാരണ വർക്കേഴ്സ് ഇതും എൻ്റെ സൃഷ്ടിയാണ് ഞാനാണ് അവരെ ഗുണങ്ങൾക്കും കർമ്മങ്ങൾക്കും അനുസരിച്ച് ഇങ്ങനെ തിരിച്ചിരിക്കുന്നത് അതിൽ തന്നെയുണ്ട് ഇപ്പൊ ഒരു ഗ്രൂപ്പിൽ പറയുകയാണെങ്കിൽ തന്നെ ഈ ബ്രാഹ്മണനിൽ വൈശ്യനും ശൂദ്രനും ക്ഷത്രിയനും ഉണ്ട് എന്ന അങ്ങനെ അങ്ങനെ അങ്ങനെ ഈ സന്യാസിയിൽ ബ്രഹ്മചാരിയും ഗർഹസ്ഥനും വാനപ്രസ്ഥനും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രൂപപഠ എന്താ വിഭാഗങ്ങളെക്കുറിച്ചൊക്കെ പറയും ഇനിയിപ്പം നമുക്കിവിടെ അറിയാനുള്ളത് ഒരു എല്ലാവർക്കും ഉള്ള ഒരു ഇത് ബ്രാഹ്മണന്റെ ലക്ഷണ അതാണ് എല്ലാവരും ചോദിക്കാറ് ആരാ സ്വാമി ബ്രാഹ്മണൻ എന്ന് നമുക്കതിനെ നാളെ കാണാം ഗ്രൂപ്പിൽ പറയുകയാണെങ്കിൽ തന്നെ ഈ ബ്രാഹ്മണനിൽ വൈശ്യനും ശൂദ്രനും ക്ഷത്രിയനും ഉണ്ടെന്ന അങ്ങനെ അങ്ങനെ ഈ സന്യാസിയിൽ ബ്രഹ്മചാരിയും ഗാർഹസ്ഥനും വാനപ്രസ്ഥനും എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ അതിന്റെ എന്താ വിഭാഗങ്ങളെ കുറിച്ചൊക്കെ പറയും ഇനിയിപ്പൊ നമുക്ക് ഇവിടെ അറിയാനുള്ളത് ഒരു എല്ലാവർക്കും ഉള്ള ഒരു ബ്രാഹ്മണന്റെ ലക്ഷണ അതാണ് എല്ലാവരും ചോദിക്കാറ് ആര് സ്വാമി ബ്രാഹ്മണൻ എന്ന് അങ്ങനെയാണ് സ്വാമി പറഞ്ഞത് വജ്രസൂചികോപനിഷത്തെടുത്തിട്ട് ബ്രാഹ്മണൻ ആരാ എന്ന് പറയാം വജ്രസൂചികോപനിഷത്താണ് ബ്രാഹ്മണന്റെ ലക്ഷണത്തെ പറയുന്നത് ആരാണ് ബ്രാഹ്മണൻ അതിലെ ചോദ്യം തന്നെ അങ്ങനെ ആ ഉപനിഷത്ത് ഒന്നാം മന്ത്രം പറയണു ഓം വജ്രസൂചിം പ്രവക്ഷയാമി ശാസ്ത്രമജ്ഞാന വേദനം ദൂഷണം ജ്ഞാനഹീനാനാം ഭൂഷണം ജ്ഞാന അറിവുള്ളവർക്ക് അറി അറിവിനെ പ്രദാനം ചെയ്യുന്നതിനായിക്കൊണ്ട് ഇതാ എന്താ ജ്ഞാന ചക്ഷുസുകൾക്കായിട്ട് ഭൂഷണമായിട്ടുള്ള വജ്രസൂചികോപനിഷത്തിനെ കുറിച്ച് പറയാൻ പോകുന്നു എന്താ അതില് ബ്രഹ്മക്ഷത്രിയ വൈശ്യശൂദ്ര ചാര വർണ്ണ തേഷാം വർണ്ണാനം ബ്രാഹ്മണ ഏവ പ്രധാന ഇതി വേദവചനാനുരൂപം സ്മൃതിഭി ഉക്തം തത്ര ചോദ്യമസ്തി കോവാ ബ്രാഹ്മണ നാമ കിം ജീവ കിം ദേഹ കിം ജാതി കിം ജ്ഞാനം കിം കർമ്മ കിം ധാർമ്മിക ഇതി ചോദ്യം ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ഇങ്ങനെ നാല് വർണ്ണങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു അതില് ഇവരിൽ ആരാണ് ബ്രാഹ്മണൻ ഇവരിൽ ബ്രാഹ്മണൻ പ്രധാനമാണെന്ന് വേദം അനുശാസിക്കുന്നു ബ്രാഹ്മണനാണ് പ്രധാനപ്പെട്ടവൻ എന്ന് അതുപോലെ തന്നെ സ്മൃതിവചനാനുരൂപം സ്മൃതിയിലും ഈ ഇപ്രകാരം ഇത് ഉക്തം പറഞ്ഞിരിക്കുന്നു തത്ര ചോദ്യം അസ്തി എങ്കിലും അവിടെ ഒരു ചോദ്യം അവ അവശേഷിക്കുന്നു എന്താ ചോദ്യം കോവാ ബ്രാഹ്മണ ആരാണ് ബ്രാഹ്മണൻ നമഹ പേരാണോ ജീവ ജീവനാണോ കിം ദേഹ ദേഹമാണോ കിം ജാതിഹി ജാതിയാണോ കിം ജ്ഞാനം അറിവാണോ കിം കർമ്മ കർമ്മമാണോ കിം ധാർമ്മിക ഇത് അവന്റെ ധർമ്മമാണോ ഇതൊക്കെയാണ് ചോദ്യം എന്തൊക്കെയാ ചോദ്യം ബ്രാഹ്മണൻ ആരാണ് അവൻ ജീവനാണോ ദേഹമാണോ ജാതിയാണോ ജ്ഞാനമാണോ കർമ്മമാണോ ധാർമ്മികത്വമാണോ അത്രയും ചോദിച്ചിരിക്കുന്നു പറയുന്നു തത്ര പ്രഥമോ ജീവ ബ്രാഹ്മണ ഇതി ചേ അതീത ം അനേകദേഹതാം ജീവസൈകത്വ ജീവസ ജീവസ് ഐകരൂപത് ഏകസ് അഭി കർമ്മ കർമ്മവശാത് അനേകദേഹ സംഭവാത് സർവശരീ സർവശരീരാം ജീവസൂപ് ച തസ്മാീവോ ബ്രാഹ്മണ ഇതി ഇങ്ങനെ വായിച്ചു പോകുമ്പോ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ ഉറങ്ങിപ്പോകരുത് എന്താ പറയുന്നത് തത്ര തത്ര എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രഥമഹ ജീവ ബ്രാഹ്മണ ഇത് ചേ ആദ്യമായി ജീവനാണ് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞത് ശരിയല്ല ഒന്നാമത്തത് എന്താണ് ശരിയല്ലാത്തത് ബ്രാഹ്മണൻ ജീവനാണോ എന്ന് ചോദിച്ചാൽ അത് ശരിയല്ല എന്തുകൊണ്ടെന്നാല് എന്താ ഭൂതഭാ ഭവിഷ്യത് കാലങ്ങളില് അനേകം ശരീരങ്ങളില് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് േലിൽ ഉണ്ടാകാൻ പോകുന്നതായിട്ടുള്ള എല്ലാ ജീവനും ഒന്നുപോലെയാണോ എന്ന് ചോദിച്ചാൽ അതും അല്ല പലതാണ് അപ്പൊ അതുകൊണ്ട് ബ്രാഹ്മണ പശു ക്ഷത്രിയ പശു വൈശ്യപ്പശു അങ്ങനെയുണ്ടോ ചിലപ്പോ അല്ലേ ബ്രാഹ്മണന്റെ വീട്ടിലെ പശു ബ്രാഹ്മണ പശു വീട്ടിലെ പശു ശൂദ്ര പശു എന്തുകൊണ്ടെന്നാൽ അത് സംഭവം ശരിയല്ല സംഭാവ്യമല്ല എന്തെന്നാല് സർവശരീരാണ ജീവസ്യ ഐകരൂപത്വാച്ച തസ്മാീവോ ബ്രാഹ്മണ ഇതി അതുകൊണ്ട് എല്ലാ ശരീരങ്ങൾക്കും ജീവൻ ഏകഭാവമാണ് അതുകൊണ്ട് ജീവൻ എന്നത് ബ്രാഹ്മണനാകാൻ സാധ്യമല്ല എന്ന് ബ്രാഹ്മണൻ ജീവനാണോ എന്ന ചോദ്യത്തിന് ആദ്യം തന്നെ നിഷേധിച്ചിരിക്കുന്നു തർഹി ദേഹ ബ്രാഹ്മണ ഇത് ചേ എന്നാ ശരി ദേഹമാണോ ബ്രാഹ്മണൻ അല്ല ഇതും ശരിയല്ല എന്തുകൊണ്ടെന്നാല് ആജണ്ടാ പര്യന് മനുഷ്യണം പാഞ്ചൗതികേഹ ഏകൂപജരാമരണർമാൻ ധർമാതി സാമ്യദർശന ബ്രാഹ്മണ ശേതവർണ രവർണ വൈശ്യ പീതവർണ്ണ ശൂദ്ര കൃഷ്ണവർണ ഇതിമാഭാവാ പിത്രാദി ശരീരദേഹേ ശരീരദേ ശരീരദേഹനെ പുത്രാദീനാം ബ്രഹ്മഹത്യാദീ ദോഷസംഭവാച്ഛ തസ്മാ ബ്രാഹ്മണ ഇതി ദേഹവും ബ്രാഹ്മണനല്ല എന്തുകൊണ്ടെന്നാല് ചണ്ടാളൻ മുതലായ സമസ്ത മനുഷ്യന്മാരുടെയും ശരീരം ഒന്നുപോലെ പഞ്ചഭൂതാത്മകമാണ് അതുകൊണ്ടാണ് മനീഷാ പഞ്ചകത്തില് ശങ്കരാചാര്യസ്വാമികള് മനീഷാ പഞ്ചകം കൃതി ആരംഭിക്കുന്നതിന് ഒരു ഒരു എന്താ ഒരു ചുറ്റുവട്ടം ഒരുക്കുന്നുണ്ട് കാശി ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആചാര്യസ്വാമികൾക്കെതിരായി ചണ്ടാലനും നായ്ക്കളും കൂടെ വരുന്നു എന്നാ അപ്പം ചണ്ടാലൻ വന്ന് അപ്പം ആചാര്യസ്വാമികൾ ഗച്ചഗച്ച എന്ന് പറഞ്ഞു അപ്പം ചണ്ടാലൻ തിരിച്ചു ചോദിച്ചു ന അന്നമയാത് അന്നമയം അഥവാ ചൈതന്യമേവ ചൈതന്യം ഹേ ദ്വിജവര ദൂരി കർത്തും വാഞ്ചസി കിം ബ്രൂഹി ഗച്ചഗച്ച ഇതി അല്ല കണ്ടിട്ട് ബ്രാഹ്മണനാണെന്ന് തോന്നുന്നുണ്ട് ഹേ ദ്വിജവരാ എന്നാ പറഞ്ഞാൽ അന്നമയാത് അന്നമയം അഥവാ ചൈതന്യമേവ ചൈതന്യം അന്നമയമാണ് എന്റെ ശരീരം അങ്ങയുടെ ശരീരവും അന്നമയമാണ് അതല്ല ചൈതന്യമാണെങ്കിലോ ചൈതന്യമേവ ചൈതന്യം ഞാനും ചൈതന്യം അങ്ങും ചൈതന്യം പക്ഷേ അങ്ങ് ദൂരീകർത്തും വാഞ്ചസി അങ്ങ് ദൂരെയാക്കാൻ വാഞ്ചസി ആഗ്രഹിക്കണം കിം ബ്രൂഹി കച്ചഗച്ച ഇതി എന്തുകൊണ്ട് അങ്ങ് മാറുമാറൂ എന്ന് പറയണം എനിക്ക് മനസ്സിലായില്ല എന്ന് ഇത് ശങ്കരാചാര്യ സ്വാമികളെ സംബന്ധിച്ച ഒരു ഒരു എന്താ മനീഷാ പഞ്ചക കൃതി രചിക്കുന്നതിന് ഒരു എന്താ പറയുക ഒരു സംഭവം അതിൻ്റെ പിറകിൽ നടന്നതായിട്ട് പറയുന്നതാണ് എന്തുകൊണ്ടോ അതിൻ്റെ തുടർ എഴുത്തുകാരോ ആരോ ഈ ചണ്ടാലൻ ശിവനായിരുന്നു എന്ന് പറഞ്ഞു അല്ലെങ്കിൽ മോശമല്ല എന്തെന്നാൽ ഒരു ചണ്ടാലനെ ശങ്കരാചാര്യർ നമസ്കരിച്ചാൽ അതുകൊണ്ട് അത് ശിവനാക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ ശിവൻ വേഷം മാറി വന്നാൽ ഇതൊക്കെയാണ് ശങ്കരാചാര്യരോട് ചെയ്യുന്ന ഒരു ദ്രോഹം അദ്ദേഹം ഏത് ഏത് എന്താ പറയുക കുപ്പത്തൊട്ടിയിൽ നിന്ന് വന്ന ആളെയും അദ്ദേഹം നമസ്കരിക്കാൻ തയ്യാറൂന്നിയാ അദ്ദേഹത്തിന്റെ അറിവതാണോ ിംഗാബുനി ബിംബിതെംബരമണോ ചാണ്ടാലവാടീ പയ എന്ന് പറഞ്ഞിട്ടാ തുടങ്ങുന്നതാ അവൻ ആരാവട്ടെ സതു ദ്വിജോസ്തു ഗുരോസ്തു ഗുരുരിത്യേഷാമനീഷാമമ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദീർഘദണ്ഡ നമസ്കാരമാണ് ഇവൻ ചാണ്ടാലനാവട്ടെ ആരാവട്ടെ ഇവൻ എന്റെ ഗുരുവാണ് അപ്പൊ ആ ചെണ്ടാലനെ ശിവനാക്കി അവതരിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല വാസ്തവത്തിൽ അത് ശിവനാവാം ആരും ആവാം ഏതായാലും അതൊരാളായിരുന്നു പിന്നെ എന്താന്ന് പറഞ്ഞാൽ ശിവ എല്ലാം ശിവമായണല്ലോ അന്നലയ്ക്ക് എല്ലാം ശിവമാണ് അപ്പൊ ശങ്കരാചാര്യ രണ്ട് കാര്യങ്ങൾ കാണിച്ചു തരുന്നു ഒന്ന് ക്ഷേത്രത്തിൽ പോകുമ്പോഴുള്ള ശുദ്ധിയെക്കുറിച്ച് രണ്ട് ആ കാര്യം തനിക്ക് ഭേദമുണ്ടായിരുന്നോ എന്നല്ല തനിക്ക് അങ്ങനത്തെ ഭേദചിന്തയൊന്നുമില്ല പക്ഷേ വേദചിന്ത ഇല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോ കിടക്കയിലൊരു തേള് കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കിടക്കണമെന്നാണോ അല്ല അയ്യോ സ്വാമി വേദചിന്ത പാടില്ലല്ലോ അതവിടേക്ക് ഇരുന്നോട്ട് അല്ല അതിനെ മാറ്റണം അത് വേറെ അതാണ് പ്രായോഗിക വേദാന്തം അപ്പൊ അതും കൂടെ കാണിച്ചു തരുന്നതാ ആ അറിവിൻ്റെ മുൻപിൽ നമസ്കരിക്കാനുള്ള ഒരു തയ്യാറാവരുത് അതാണ് ആചാര്യസ്വാമികൾക്ക് നമ്മളോട് പറയാനുള്ളത് അതിനാദ്ദേഹം ആ ഒരു ചിത്രം ഉണ്ടാക്കുന്നത് തന്നെ അപ്പൊ ഇവിടെ ചോദ്യം ദേഹമാണോ ബ്രാഹ്മണൻ എന്നാലല്ല എന്തുകൊണ്ടെന്നാല് ചണ്ടാവൻ മുതല് സമസ്ത ശരീര സമസ്ത ശരീരവും പഞ്ചഭൂതാത്മകമാണ് എല്ലാം തന്നെ പഞ്ചഭൂതാത്മകമാണ് അതില് വാർദ്ധക്യം മരണം ജര ധർമ്മം അധർമ്മം ഇത്യാദിയൊക്കെ വരുന്നുണ്ട് ഇനി ബ്രാഹ്മണൻ ശ്വേതവർണ്ണനും ക്ഷത്രിയൻ രക്തവർണനും വൈശ്യൻ പീതവർണ്ണനും ശൂദ്രൻ കർത്തവനും ആയിരിക്കണമെന്ന് യാതൊരു നിയമവും കാണാൻ സാധ്യമല്ല എന്തെന്നാൽ പിതാവിന്റെയും സഹോദരന്റെയും ശരീര ദാഹ ദാഹക്രിയകൾ ചെയ്യുന്നതുകൊണ്ട് പുത്രാദികൾക്ക് ബ്രഹ്മഹത്യാദി ദോഷങ്ങൾ സംഭവിക്കുന്നില്ല അതുകൊണ്ട് ദേഹവും ബ്രാഹ്മണനാക്കാൻ സാധ്യം ഗംഭീര ഉദാഹരണമാണ് കാരണം നിറം ബ്രാഹ്മണനായിരുന്നുവെങ്കിൽ അച്ഛന്റെ ശരീരം ചിതയിൽ വയ്ക്കുമ്പോ ആ നിറം തന്നെ അങ്ങോട്ട് പോയിപ്പോ അപ്പൊ അവൻ എന്ത് ദോഷമുണ്ടാവും ഈ ബ്രഹ്മഹത്യ ദോഷം തന്നെ സംഭവിക്കും അതുകൊണ്ട് ഇനിയിപ്പോ അവനെ പെയിന്റ് അടിച്ചിട്ട് ദഹിപ്പിക്കാമെന്ന് വെച്ചാൽ അതൊന്നും സാധ്യല്ലല്ലോ അതുകൊണ്ട് അതിനാൽ ദേഹവും ബ്രാഹ്മണനല്ല എന്ന് പറയും പിന്നെ ആരാണ് തറ ഈ ജാതി ബ്രാഹ്മണ ഇത് ചെയ്ത് ജാത്യന്തരജന്തുഷു അനേകജാതിസംഭവ മഹർഷയ ബഹവ സി ഋഷ്യശൃംഗൃഗ്യൗശികുശാത് ജാബൂകൂകാത് വാത്മീകത്മീകാ വ്യാസ കൈവർത്തകന്യകാ ശശപ്രഷ്ടാത് ഗൗതമവസി ഉശ്യം അഗസ്ത്യ കലശേ ജാതൃ ശ്രുതവാം ജാത്യാ വിനാപ്യഗ്രേ ജ്ഞാനപ്രതിപാദിന ഋഷയ ബഹവ സി തസ്മാതിർ ബ്രാഹ്മണ ഇതി എന്താണ് ജാതി കൊണ്ട് ബ്രാഹ്മണൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്തെന്നാൽ അതും സാധ്യമല്ല കാരണം ഭിന്ന ജാതിയിൽപ്പെട്ട പ്രാണികളിൽ നിന്നുപോലും മഹർഷിമാർ ഉണ്ടായിട്ടുണ്ട് എന്ന ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലാകേണ്ടുന്ന ശാസ്ത്രങ്ങൾ അതുകൊണ്ടാണ് സ്വാമി ഒരിക്കൽ സൂചിപ്പിച്ചത് നമ്മൾ ഇനിയും വികാസം പ്രാപിക്കേണ്ടിയിരിക്കുന്നു എന്തെന്നാൽ അത്യാവശ്യം മൃഗങ്ങളുടെ ചില അവയവങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഏകദേശം സൂട്ടാക്കി തുടങ്ങി അതെ കണ്ണ് കിഡ്നിയിലൊക്കെ ഗവേഷണങ്ങൾ നടക്കുന്നു പല പല നമ്മുടെ ഏത് പരീക്ഷണവും ആദ്യം എലിയിലാണല്ലോ നടത്തുക എന്തുകൊണ്ട് അതും നമ്മളുമായിട്ട് നല്ല സാമ്യമുണ്ട് അതിൻ്റെ പല സ്വഭാവവും എല്ലാം അതുകൊണ്ട് ഒരു ഇതര ജീവിയിൽ നിന്ന് മനുഷ്യൻ ജാതമായി അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല നമ്മളതൊക്കെ കാണും നാം തന്നെ അറിയും അത് കാരണം നാം തന്നെയാണ് ഇനിയും ജനിച്ച് ശാസ്ത്രത്തിൻ്റെ വികാസത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് അതൊക്കെ സംഭവിക്കാം സംഭാവ്യമാണ് അതിൻ്റെ സാധ്യതയെ പൂർണ്ണമായി എഴുതി തള്ളണ്ട അതിനൊക്കെ സാധ്യതയുണ്ട് ക്ലോണിങ്ങിലൂടെ ഏറെക്കുറെ നമ്മൾ ഇതൊക്കെ തെളിയിപ്പിച്ചെടുത്ത ഏതിൽ നിന്ന് ഏതിനെയും നിർമ്മിക്കാം എന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട് കൊതുകിൽ നിന്ന് ആനയെ ഉണ്ടാക്കാമെന്ന ആർട്ടിക്കിളിന്റെ അവസാനം പറഞ്ഞത് ആനയിൽ നിന്ന് കൊതുകിനെയും ഡി പഠനം നമുക്ക് തെളിഞ്ഞു കിട്ടുന്നത് ഇതൊക്കെയാണ് ഡി എൻ എയിൽ നിന്നൊക്കെ മാറിപ്പൊ ആർ എൻ എ ആണോ അല്ലേ അതെ ശാസ്ത്രത്തിന്റെ വികാസത്തിൽ അതൊക്കെ മനസ്സിലാവും ശാസ്ത്ര വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അതൊരു വലിയ എന്താ സങ്കൽപ്പങ്ങൾക്ക് അപ്പുറത്തല്ല അത് യാഥാർത്ഥ്യമാണ് അപ്പൊ ആരൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് മൃഗിയിൽ നിന്ന് ഋഷ്യശൃംഗൻ മാനിൽ നിന്നാണ് ഋഷ്യശൃംഗൻ ഉണ്ടായത് അപ്പൊ മാനിൽ നിന്ന് മാൻപേടയിൽ നിന്ന് ഒരു മനുഷ്യക്കുട്ടി ജനിക്കുമോ എന്ന് ചോദിച്ചാൽ ഇനി വരും കാലത്ത് അങ്ങനെ പറഞ്ഞാൽ ഇത് അരുഷ്യ ശൃങ്കൻ മാനിൽ നിന്ന് ജനിച്ചവനാ അതുകൊണ്ട് ജാതി ബ്രാഹ്മണനാണോ എന്ന് വെച്ചാൽ അല്ല ഇതിനൊക്കെ വേണ്ടിയായിരിക്കാം ഇങ്ങനെയൊക്കെ സൃഷ്ടികൾ തന്നെ ഉണ്ടായത് ജനിച്ചിട്ടുണ്ട് പിന്നെ ആരാണ് കുശയിൽ നിന്ന് കൗശികൻ പുല്ലിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് കൗശികൻ പിന്നെയോ ജമ്പൂകനിൽ നിന്ന് ജമ്പൂകനിൽ നിന്ന് ജാമ്പൂകൻ അതുപോലെ വാത്മീകത്തിൽ നിന്ന് വാത്മീകി പുറ്റിൽ നിന്ന് വാത്മീകി അത് പിന്നെ പുറ്റിൻ്റെ ഉള്ളിൽ ഇരുന്നതുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും പലതിൽ നിന്നും പലതും ഉണ്ടായിട്ടുണ്ട് മത്സ്യത്തിൽ നിന്ന് അങ്ങനെ പലതുണ്ട് അങ്ങനെ ഗോകർണൻ പശുവിൽ നിന്നാണല്ലോ ഉണ്ടായത് പശു പശുവിന്റെ കുട്ടിയല്ലേ ഗോകർണൻ മഹാജ്ഞാനിയായിരുന്നുവല്ലോ ഭാഗവതത്തിൽ പറയുന്നില്ലേ അതുപോലെ കൈവർത്തക കന്യകയിൽ നിന്ന് വ്യാസൻ ശശപൃഷ്ഠത്തിൽ നിന്ന് ഗൗതമൻ ഉർവശിയിൽ നിന്ന് വസിഷ്ഠൻ കലശത്തിൽ നിന്ന് അഗസ്ത്യൻ ഇതൊക്കെ ജനിച്ചിട്ടുണ്ട് അപ്പൊ ജാതി കൂടാതെ തന്നെ ഇവരൊക്കെ ജ്ഞാനികളായിട്ടുണ്ട് അതുകൊണ്ട് ജാതിയാണോ ബ്രാഹ്മണൻ എന്ന് ചോദിച്ചാൽ അല്ല പലതും ജാതമാകും പലതിൽ നിന്നും എന്നാ ശരി തറഹി ജ്ഞാനം ബ്രാഹ്മണ ഇത് ചേ ക്ഷത്രി ക്ഷത്രിയാദയാ ക്ഷത്രിയാദയ അഭി പരമാർത്ഥ ദർശിത ദർശിന അഭിജ്ഞ ബഹവ സി തസ്മാനം ബ്രാഹ്മണ ഇതി തസ്മാനം ബ്രാഹ്മണ ഇത് ഇനി ജ്ഞാനമാണോ ബ്രാഹ്മണ എന്ന് അതും പറ്റില്ല എന്ന് പറയാം എന്തെന്നാല് അനേകം ക്ഷത്രിയന്മാര് എന്താ പരമാർത്ഥത്തെ എന്താ പരമമായ സത്യത്തെ ദർശിച്ചിട്ടുള്ളവരാണ് ജ്ഞാനികളായിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ അറിയുന്നവൻ ബ്രാഹ്മണൻ എന്ന് പറയാൻ പറ്റൂ അതും പറ്റില്ല അത് ശരിയായിട്ടുള്ള ബ്രാഹ്മണന്റെ ലക്ഷണമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് പറയാൻ പോകുന്നത് തർ ക്രാഹ്മണ ഇതി നാം പ്രാണിം പ്രാരബ്ധ സഞ്ചിത ആഗാമി കർമ്മ സാധർമ്യ ദർശനാത് കർമാഭിപ്രേരിത സന്താ ജന കൂന്തി തസ്മാ കർമ്മ ണ ഇതിനി കർമ്മമാണോ ബ്രാഹ്മണൻ അല്ല അതും പറയാൻ പറ്റില്ല എന്ന് പറയാം എന്തുകൊണ്ടെന്നാല് സർവപ്രാണിനാം എല്ലാ പ്രാണികൾക്കും എന്തുണ്ട് പ്രാരബ്ധ സഞ്ജിത ആഗാമി കർമ്മം പ്രാരബ്ധെന്ന് പറഞ്ഞ പ്രകർഷണ ആരബ്ധം ആരംഭിച്ചത് സഞ്ചിതം സഞ്ചയിച്ചത് ആഗാമി വന്നു ചേരുന്നത് അതിനെയൊക്കെ നമ്മൾ പഠിക്കും എന്നാലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാം പ്രാരബ്ധമാണ് ജന്മത്തിന് ഹേതുവായത് ഈ ജനനത്തിന് ഏതുമായത് പ്രാരബ്ധം അപ്പൊ ആദ്യം നമുക്ക് അതിൽ നിന്നും തുടങ്ങാം പ്രകർഷേണ ആരബ്ധം നന്നായി ആരംഭിച്ചത് അപ്പൊ ഈ ജന്മത്തിൽ നമ്മൾ എന്തൊക്കെ നമുക്ക് ഒരുപാട് കർമ്മങ്ങളും കർമ്മഫലങ്ങളും വന്നു ചേരുന്നു അതാണ് ആഗാമി വരുന്നത് ആഗാമി സഞ്ചിതം സഞ്ചയിക്കുന്നത് അതിങ്ങനെ സഞ്ചി പോലെ തന്നെയാണ് അപ്പം ഈ ജന്മത്തിൽ നാം കർമ്മം ചെയ്യുന്നു ആ കർമ്മത്തോട് നാം പ്രതികരിക്കുന്നു ഈ അനുകൂല പ്രതികൂല പ്രതികരണങ്ങളാണ് പറഞ്ഞുവല്ലോ പാടുകൾ വീഴ്ത്തുന്നത് എന്ന് അതാണ് ഈ കളക്ട് ചെയ്യലോ ഇതാണ് എന്തായി തീരുന്നത് ഈ ആഗാമിയാണ് സഞ്ചിതമായി പ്രാരബ്ധമായി പക്വമാകുന്നത് ഈ എഫ് ഡി പക്വമാകില്ലേ ഫിക്സഡ് ഡെപ്പോസിറ്റ് അതുപോലെയാണ് ആ സമയമാകുമ്പോൾ പറയും ബാങ്കിൽ നിന്ന് കടലാസ് വരും ഇതാ സമയമായിരിക്കണം അതുപോലെ നമ്മൾ അടുത്ത എഫ് ഡിയിലേക്ക് മാറും ഇതെങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതുകൊണ്ട് പറയുന്നു തർഹി ആ ആ എന്താണ് പ്രാരബ്ധ സഞ്ചിത ആഗാമി പ്രാരബ്ധവും സഞ്ചിതവും ആഗാമി കർമ്മങ്ങളില് സാധർമ്മ്യം കാണപ്പെടുന്നുണ്ട് അതിന് സാധർമ്മ്യം ഉണ്ട് എന്ന് പറയാം കാരണം അത് തന്നെയാണ് ഒന്നൊന്ന് മാറി മാറി വരുന്നത് അതുകൊണ്ട് കർമ്മത്താൽ പ്രേരിതമായിട്ടാണ് ജീവൻ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് കർമ്മം ബ്രാഹ്മണനാണോ അല്ല അപ്പൊ ഈ ഉപനിഷത്തൊക്കെ പ്രമാണമാക്കി എടുത്ത് ഇങ്ങോട്ട് പിറകിലേക്ക് വന്നു കഴിഞ്ഞാൽ സംഗതി ആകെ കുഴഞ്ഞു മറയും പിന്നെ എന്താണ് തർഹി ധാർമ്മിക ബ്രാഹ്മണ ഇതി ചെയ്ത് നത്രിയാതയ ഹിരണ്യാധാരോ ബഹവ സി തസ്മാർമിക ബ്രാഹ്മണ ഇത് ന പിന്നെ ധാർമ്മികത ബ്രാഹ്മണനാകുമോ ഇല്ല എന്ന് പറയാം എന്തുകൊണ്ടെന്നാൽ അനേകം ക്ഷത്രിയന്മാർ തുടങ്ങിയിട്ടുള്ളവർ എന്താ ഒരുപാട് ദാനധർമാദികളൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ധർമ്മികനായ ഒരു വ്യക്തി ബ്രാഹ്മണനാണോ അതുമല്ല കർമ്മനൊക്കെ ഇടത് കൈ കൊണ്ട് കൊടുക്കണത് വലത് കൈ അറിയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് എത്രയോ പേരുണ്ട് വിശ്വജിത്ത് യാഗം എന്ന് പറഞ്ഞാൽ വിശ്വത്തെ മുഴുവൻ ത്യജിക്കുമ്പോഴാണ് വിശ്വത്തെ വിശ്വ തൻ്റെ ഉള്ളതെല്ലാം ത്യജിക്കുന്നതാണ് വിശ്വജിത് യാഗം അങ്ങനെ വിശ്വജിത് യാഗം ചെയ്ത ഒരുപാട് ക്ഷത്രിയന്മാരുണ്ടായിട്ടുണ്ട്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 ക്ഷത്രിയാതയ ഹിരണ്യദാധാരോ ബഹവഹ സന്തി തസ്മാധാർമ്മിക ബ്രാഹ്മണ ഇത് എന്ന പിന്നെ ധാർമ്മികത ബ്രാഹ്മണനാകുമോ ഇല്ല എന്ന് പറയാം എന്തുകൊണ്ടെന്നാല് അനേകം ക്ഷത്രിയന്മാർ തുടങ്ങിയിട്ടുള്ളവര് എന്താ ഒരുപാട് ദാനധർമാദികളൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ധർമ്മികനായ ഒരു വ്യക്തി ബ്രാഹ്മണനാണോ അതുമല്ല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 സ്വാമി ബ്രാഹ്മണ തർക്കോ ബ്രാഹ്മണോ നമ യശിതാത്മാനമദ്വിതീയം ജാതിഗുണക്യാഹീനം ഷടൂർ ഷഡ്ഭാവേയാദിസോഷരഹിതം സത്യജ്ഞാദ സത്യജ്ഞാദസ്വം സ്വയം നിർവി സ്വയം നിർവികല്പമേഷ കൽധാരമശേഷ ഭൂത വർത്തമാന്തർ स्वभावम ശവദനുസ്യുതമ ആനന്ദസ്വഭാവ സ്വഭാവമപ്രമേയുഭവ അനുഭവമേക വേദ്യ അപരക്ഷതയാ ഭാസമാനം കരതലാമലവത് സാക്ഷാത് പരോക്ഷീകൃത്യതയാമരാഗാതിദോഷരഹിത ശിസമ്പ ഭാവര്യ തൃഷണ തൃഷ ശമമോഹിരദംബാഹി സംസ്പൃഷ്ടേത വവലക്ഷണ യ്രാഹ്മണ ഇതി സ്മൃതി പുരേ പുരാണയിഹാസനമാന്യതാഹത്വസിർസ്തിയ സച്ചിതം സച്ചിദാനന്ദം ആത്മാനം അദ്വിതീയം ബ്രഹ്മ ഭാവയേത് ആത്മാനം സച്ചിദാനന്ദം ബ്രഹ്മഭാവയേത് ഇത് ഉപനിഷത് ഇതും പറഞ്ഞ് ഉപനിഷത്ത് അവസാനിപ്പിച്ചു ബ്രാഹ്മണന്റെ ഒരു നീണ്ട ലക്ഷണം പറഞ്ഞു ആരാണ് ബ്രാഹ്മണൻ ആരബ്രാഹ്മണൻ അദ്വിതീയമായ ജാതിഗുണക്രിയാരഹിതമായ ഷഡൂർമി ഭാവാദി സർവദോഷരഹിതമായിട്ടുള്ള ഷഡൂർമി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ദാഹം വിശപ്പ് ജര മരണം ശോകം മോഹം ഇത്യാദികളൊക്കെ നീങ്ങിയിട്ടുള്ള പിന്നെയോ ഷഡ്ഭാവ വികത ഷഡ്ഭാവം എന്ന് പറഞ്ഞാൽ ഉൺ അസ്ഥി ജായതെ വർദ്ധത വിപരീണമതെ അപക്ഷീയതെ വിനശ്യതെ ഈ ഭാവങ്ങൾ ജനനം വളർച്ച പിന്നെ എന്താ പരിണാമം ക്ഷയം നാശം ഇത്യാദി സത്യജ്ഞാനാനന്ദ സ്വരൂപം സത്യജ്ഞാനാനന്ദമായിട്ടുള്ള സ്വരൂപത്തോടുകൂടിയിട്ടുള്ളതും സ്വയം നിർവികൽപ്പം സ്വയം നിർവിക മറ്റൊന്നിന്റെയും അപേക്ഷ കൂടാതെയുള്ള നിലനിൽപ്പും സകല കൽപ്പങ്ങൾക്ക് ആധാരഭൂതമായിട്ടുള്ളതും എല്ലാറ്റിനും ആധാരമായി വർത്തിക്കുന്നതും അതുപോലെ സർവഭൂതാന്തര്യാമി സർവഭൂതങ്ങളിലും അന്തര്യാമിയായിട്ട് നിലകൊള്ളുന്നതും ആകാശവത് ആകാശം പോലെ അന്തഃബഹി ഉള്ളിലും പുറത്തും വ്യാപിച്ചു നിൽക്കുന്നതും പിന്നെയോ അഖണ്ഡാനന്ദ സ്വരൂപം അഖണ്ഡാനന്ദ സ്വരൂപമായിട്ടുള്ളത് അപ്രമേയം അപ്രമേയമായിട്ട് അളക്കാൻ പറ്റാത്തത് പ്രമേയം ഇല്ലാത്തത് എന്ന് പറയാൻ പറ്റാത്തത് അനുഭവിക്കവേദ്യം അനുഭവം ആയിട്ടുള്ളത് എന്താ ഇങ്ങനെ ഇരി ഇങ്ങനെയുള്ള ആത്മാവിനെ ആത്മാവിന്റെ ലക്ഷണ പറഞ്ഞത് ബ്രാഹ്മണന്റെ ലക്ഷണമല്ലേ സ്വാമി ബ്രാഹ്മണന്റെ ലക്ഷണം പറയും ഇവ ആളെ വെറുതെ വിളിച്ചിരുത്തിയിട്ട് അതാണ് പറയാൻ പോകണം എന്താണ് ഇങ്ങനെ ആത്മാവിനെ കരതലാമലകം പോലെ ഉള്ളൻ കയ്യിൽ നെല്ലിക്ക വെച്ചാൽ എപ്രകാരം എന്ന മട്ടിൽ ആരാണോ സാക്ഷാത്കരിച്ച് കൃതാർത്ഥനായിട്ടുള്ളത് അതാ പറയുന്നത് അങ്ങനെയുള്ള അവനിൽ മാത്സര്യ തൃഷ്ണ തൃഷ്ണാഹീന അങ്ങനെ മാത്സര്യം തൃഷ്ണ ഇത്യാദികളിൽ നിന്നൊക്കെ നീങ്ങിയിട്ടുള്ള അവൻ ദമ്പാഹങ്കാരാദി സ്പർശലേശമന്യേ ദമ്പത്തിൻ്റെയോ അഹങ്കാരത്തിൻ്റെയോ ഒരു സ്പർശം അവനിലില്ല എന്ന് പറയാം അങ്ങനെയുള്ള യാതൊരുത്തൻ വർത്തിക്കുന്നുവോ എവിടെയെങ്കിലും ഈ ദുനിയാവിൽ എവിടെയെങ്കിലും ഉണ്ട് എങ്കിൽ അവനെ പറയണോ ശ്രുതി സ്മൃതി പുരാണ ഇതിഹാസങ്ങളുടെ അഭിപ്രായത്തിൽ അവൻ അവനാണ് ബ്രാഹ്മണൻ ആത്മാവ് തന്നെയാണ് സച്ചിദാനന്ദ സ്വരൂപമെന്നും അദ്വിതീയമെന്നും ധരിച്ച് ബ്രഹ്മഭാവത്തെ ഭാവന ചെയ്യേണ്ടതാണ് ഭാവന ചെയ്യേണ്ടതാണ് മനുഷ്യന്മാരെ അവനാണ് ബ്രാഹ്മണൻ എന്ന് പറയുക ഏതെങ്കിലും ജന്മം കൊണ്ട് ഇത് ഇത്രയുള്ള ഉപനിഷത്തെ ഇത് പറഞ്ഞിട്ടുള്ള ഉപനിഷത്ത് ബ്രാഹ്മണന്റെ ലക്ഷണം ചോദിച്ചപ്പോൾ തുടങ്ങണോ ബ്രാഹ്മണന്റെ ലക്ഷണം പറഞ്ഞ് ഉപനിഷത്ത് അവസാനിക്കുന്നു അപ്പൊ ബ്രഹ്മത്തിൻ്റെ ലക്ഷണമാണ് ബ്രാഹ്മണന്റെ ലക്ഷണം ബ്രഹ്മഭാവം കൈവരിച്ചിട്ടുള്ളവൻ ബ്രാഹ്മണൻ അതുകൊണ്ട് ഇത്രയും നിഷേധങ്ങൾ നടത്തിയത് ഇത് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ജാതീയമായിട്ടുള്ളതാ അങ്ങനെ ഈ തൊഴിലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മുടെ സമൂഹത്തിൽ ഈ പറഞ്ഞിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് നമുക്ക് പ്ലാനിംഗ് കമ്മീഷൻ വേണം ഒരു ഇന്റലക്ച്വൽ ഗ്രൂപ്പ് ആവശ്യമാണ് അപ്പൊ മിലിറ്ററിയിൽ തന്നെ ഇതുണ്ട് മിലിറ്ററിയിൽ തന്നെ ചിന്തിക്കുന്ന ആളുകളുണ്ട് അല്ലേ അവരുടെ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുന്ന ആളുകൾ അവരിൽ തന്നെ സെക്യൂരിറ്റി ഉണ്ട് അവരുടെ ക്വാർട്ടേഴ്സിനൊക്കെ തന്നെ സെക്യൂരിറ്റി പാറാവുണ്ട് അവരിൽ തന്നെ ക്ഷത്രിയന്മാരുണ്ട് ക്ഷതാത് ത്രായതെ ഇത് ക്ഷത്രിയ പതനത്തിൽ നിന്ന് ത്രാണനം ചെയ്യിക്കുന്നവൻ പിന്നെ ഈ ജാതി കർമ്മത്തിൽ നിന്നൊക്കെ വിട്ടിട്ട് ഇവർക്കൊക്കെ ശബ്ദങ്ങൾക്ക് ധാതുവിന് അർത്ഥം പറഞ്ഞാൽ നല്ല രസ വൈശ്യൻ എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുന്നവെന്നാണ് അപ്പം തുടങ്ങുന്നത് ശൂദ്രനിൽ നി ശൂദ്രനിൽ നിന്ന് ക്രമ അതായത് ഈ ബ്രാഹ്മണനിൽ നിന്ന് ക്രമമായ പുരോഗതി പുരോഗതി കൈവരിച്ച് ശൂദ്രനിലാണ് അവസാനിക്കുന്നത് നേരെ കീഴ്മേൽ മറിയും കാര്യം അതെ ശൂദ്രൻ അതിൻ്റെ ഏറ്റവും ഉയർന്ന ഭാവമാണ് ഈ തത്വവിചാരത്തിലൂടെ ജ്ഞാന ജ്ഞാനപ്രകാരം അതിനെ വ്യാഖ്യാനിക്കുന്ന സമയത്ത് വിഷു പ്രവേശിക്കുന്നവനാണ് വൈശ്യം എന്ന് പറഞ്ഞാൽ വിഷ് ധാതുവിന് പ്രവേശനേന പ്രവേശിക്കുക എന്നുള്ളതാണ് വിശു വിശരണ എന്നുണ്ട് ഓ ശൂദ്രെന്ന് പറഞ്ഞാൽ കരയുന്നവൻ എങ്ങനെയാ ഒരാൾ കരയുന്നത് ഇവിടെ എന്ത് കരച്ചില വെറുതെ കരയല്ല ആനന്ദ കണ്ണീരൊഴുക്കുന്നവനാ ആനന്ദം ആനന്ദം കൊണ്ട് കരച്ചിൽ വരുമല്ലോ ആ കണ്ണുനീരിന് മാധുര്യം ഉണ്ടാവുന്ന ഉപ്പുരസായിരിക്കില്ല ഈ സങ്കടം കൊണ്ട് വരുമ്പോഴാ ഉപ്പുണ്ടാവുക അപ്പൊ ആ വിധത്തിൽ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാലും കർമ്മത്തിന്റെ കർമ്മത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ പറഞ്ഞതൊക്കെ ഉണ്ട് ആ ഒരു എന്താ ബുദ്ധിജീവികൾ ഇരിക്കുന്ന സ്ഥലം നല്ല ബുദ്ധിയുള്ള ആളുകൾ ഇരിക്കുന്ന അപ്പൊ നമുക്ക് വേണമെങ്കിൽ ബാബ ആറ്റമിക് റിസർച്ച് സെന്ററിലോ അങ്ങനെ അതുപോലുള്ള വലിയ വലിയ ശാസ്ത്രകാരന്മാരൊക്കെ നിലകൊള്ളുന്ന കേന്ദ്രങ്ങളുണ്ടല്ലോ അവിടെയുമുണ്ട് ഈ നാലാൾക്കാർ അവിടെ ആരുണ്ട് പാറാവുണ്ട് സെക്യൂരിറ്റി ഉണ്ട് ഇല്ലേ അവിടെയും കച്ചവടക്കാരുണ്ട് അവർക്ക് വേണ്ട സാധനങ്ങൾ എത്തിച്ചു അവർക്ക് ആ ഒരു ഇതിന് ആ ഒരു ആ ക്യാമ്പസിനകത്ത് തന്നെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലേ അതിലില്ലേ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റില്ലേ അതിൽ ലേബേഴ്സ് ഇല്ലേ വർക്കേഴ്സ് ഇല്ലേ അപ്പൊ ഏതൊരു ഫാക്ടറിയിലും ഏതൊരു കമ്പനിയിലും ഏതൊരു ഗവൺമെൻറ്റിലും ഏതൊരു രാജ്യത്തും ഈ നാല് ഒഴിവാക്കാൻ പറ്റാത്ത ആളുകളുണ്ട് അത് ഒരുവൻ കൂടിയവനെന്നോ ഒരുവൻ കുറഞ്ഞവനെന്നോ എന്നൊന്നുമല്ല കർമ്മത്തിന്റെ വെളിച്ചത്തിൽ നോക്കുകയാണെങ്കിൽ ഡോക്ടർമാരൊക്കെ ശൂദ്രന്മാരാണ് ഡോക്ടർമാർ പിന്നെ എഞ്ചിനീയേഴ്സ് അവരൊക്കെ എന്താണ് സേവാ പ്രവർത്തനമാണ് പണ്ട് ജോലി കർമ്മത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇനി ആളുകൾ ജീവിച്ചിരുന്നതും എല്ലാം പണ്ട് ഈ അടുത്ത കാലത്തല്ലേ ഇതൊക്കെ മാറി വന്നത് ഈ അടുത്താണ് ഇതൊക്കെ മാറി മാറി വന്നത് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ട് തെങ്ങ് കയറുന്നവന്റെ മകൻ നല്ല തെങ്ങ് കയറ്റക്കാരൻ തന്നെയായിരിക്കും പണ്ട് പക്ഷെ ഇന്നങ്ങനെയല്ല അതുകൊണ്ട് സ്വാമി തെങ്ങ് കയറുന്നവന്റെ മകൻ എന്നും തെങ്ങ് കയറുന്ന ആണോ എന്ന് ചോദിച്ചാൽ തെങ്ങ് എന്നും കയറാൻ ആരെങ്കിലും വേണം ഇത്രയും സ്വാമിക്ക് പറയാനുള്ളത് എല്ലാറ്റിനും എല്ലാ ജോലിയും ശ്രേഷ്ഠമാണ് എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എനിക്കെന്ത് ഗുണമുണ്ട് എന്ത് ഗുണത്താൽ പ്രഭാവിതമാണ് പ്രഭാവിതനാണ് ഞാൻ എന്നിൽ എന്തൊക്കെ സാധ്യതകളുണ്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇന്ന് ഈ എല്ലാ കുട്ടികളും ഈ എൻട്രൻസിന് ഇങ്ങനെ ഈ പഴുപ്പിച്ച് വിടുന്നുണ്ടല്ലോ എന്നിട്ട് എന്താ ഇപ്പൊ പുറത്ത് വരുന്നത് എന്താ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നല്ല ക്വാളിറ്റി ഉള്ളതാണെന്ന് ക്വാണ്ടിറ്റിൻ്റെ പക്ഷെ ക്വാളിറ്റി കുറവാണെന്ന് പറയാം ഏട്ടാ എങ്ങനെയെങ്കിലും നീ ഡോക്ടറാവുന്നാ പറയുക എങ്ങനെയെങ്കിലും എങ്ങനെ എന്നൊന്നും വിഷയമല്ല അതുകൊണ്ട് ഇപ്പം നല്ല പ്ലംബർ കിട്ടാനില്ല നല്ല കാർപ്പൻ്റർ കിട്ടാനില്ല പക്ഷേ ഡോക്ടറോ എഞ്ചിനീയറോ എത്ര വേണമെങ്കിലും ഉണ്ട് കേരളത്തിൻ്റെ ഒരു അവസ്ഥയാണ് ഇപ്പൊ കേരളം പോകുന്നത് അങ്ങനെയാണ് ആരെ കിട്ടിയാലും ഡോക്ടറോ എഞ്ചിനീയറും ആകുന്ന ചില ആളുകളുണ്ട് അത് വേറെ അപ്പൊ ഇതൊന്നും മോശം സ്വാമി പറയുന്നത് അപ്പൊ നമ്മൾ കുട്ടികളെയൊക്കെ അഡ്രസ് ചെയ്യാൻ പോകുമ്പോൾ ചോദിക്കാറുണ്ട് മക്കളെ നിങ്ങൾക്ക് ആരാവണം ഇവർക്ക് ഇത് രണ്ട് ചോയ്സ് മാത്രമേ ഡോക്ടറാണെങ്കിൽ എഞ്ചിനീയർ അപ്പൊ ഒരുപാട് രോഗികളും വേണം ഇട നല്ല ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലി ഉണ്ടാവണം അതുകൊണ്ട് വിവേകാനന്ദ സ്വാമികൾ നരേന്ദ്രൻ ക്ലാസ് റൂമിൽ അധ്യാപകൻ ചോദിച്ചു ആരാവണം നരേന്ദ്ര പറഞ്ഞ ഒരു കുതിരവണ്ടിക്കാരനാണെന്ന് ശരിക്കും പറഞ്ഞതാ കാരണം അദ്ദേഹത്തിന്റെ അച്ഛൻ കോടതിയിൽ പോകുന്നത് കുതിരവണ്ടിയില്ല അപ്പൊ ഈ കുതിരവണ്ടിക്കാരനെ കണ്ടപ്പോ അദ്ദേഹത്തിന് വലിയ സന്തോഷമായിരുന്നു ആയിത്തീരണം എന്ന് തോന്നിയിട്ടുണ്ട് കുതിരവണ്ടിക്കാരൻ എല്ലാവരും ചിരിച്ചു ഇവനാണ് ഈ മിടുക്കനാണ് പഠിക്കാനൊക്കെ മാൾക്കും നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു എന്തെങ്കിലും വക്കീൽ അറ്റ്ലീസ്റ്റ് അതെങ്കിലും പറയുന്നു വിചാരിച്ചു അതൊന്നും പറഞ്ഞില്ല വകരം ഇതാ പറഞ്ഞത് എല്ലാവരും പരിഹസിച്ചു കുട്ടികളൊക്കെ പരിഹസിച്ചു വീട്ടിൽ വന്ന് ഈ കാര്യം പറഞ്ഞു അമ്മയോട് പറഞ്ഞു ഭുവനേശ്വരി അമ്മയുടെ പേരില് ഭുവനത്തിന് മുഴുവൻ ഈശ്വരി അമ്മയാണ് അമ്മ സാന്ത്വനിപ്പിച്ചു എന്ന് പറയാം കെട്ടിപ്പിടിച്ചു കൊണ്ടുപോയിട്ട് പൂജാമുറിയിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു കുതിരക്കാരൻ ഇപ്പം ഇറകിലിരിക്കുന്ന കുതിരക്കാരനെ കാണിച്ചു കൊടുത്തത് ഓർമ്മന ഇങ്ങനെയാണെന്ന് പറഞ്ഞു ഇതായിരിക്കട്ടെ നിന്റെ മോഡൽ കുതിരക്കാരൻ അങ്ങനെ തന്നെ അതിനെ തിരിച്ച് ഒരു ദിശയിലേക്ക് കടത്തിവിടുക എന്ന് പറയാം ഓ എൻ്റെ കഴുതെ നീയല്ല നിന്നെയൊക്കെ ആണല്ലോ ഞാനല്ലേ അറ്റ്ലീസ്റ്റ് നിനക്ക് ആകാൻ പറ്റിയിട്ടില്ലെങ്കിലും നിനക്ക് എന്തെങ്കിലുമൊക്കെ ആകണം എന്ന് പറഞ്ഞു അച്ഛൻ മാനോട് വെച്ച് മോനെ നിനക്ക് ആരാവണം എനിക്ക് പട്ടാളക്കാരനാവണം അപ്പൊ അച്ഛൻ പറഞ്ഞു മോനെ ശത്രുക്കൾ നിന്നെ വെടിവെക്കുന്നു എന്നാൽ ഞാൻ ശത്രുവാം അങ്ങനെ കുട്ടികൾ ശത്രുവാകണം ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്ന് പറഞ്ഞാല് തൊഴിലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണെങ്കിൽ അവരൊക്കെ സമൂഹത്തിൽ നിലകൊള്ളേണ്ടവരാണ് അവരൊക്കെ നിലനിൽക്കേണ്ടത് ആവശ്യമാണ് ജന്മം കൊണ്ട് ഇങ്ങനെയുള്ള തൊഴിലുകളൊക്കെ സ്വീകരിക്കുന്നവരുണ്ടായിരുന്നു പണ്ട് അങ്ങനെയുണ്ട് ഇന്ന് അങ്ങനെയൊന്നും ആവണമെന്നില്ല മാറി മാറി വന്നു പണ്ട് പഴയ ഒരു സംസ്കാരം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭക്ഷണ രീതി പോലും അങ്ങനെയായിരുന്നു വസ്ത്രധാരണ രീതി ഒരാളുടെ വസ്ത്രധാരണ രീതി കണ്ട അറിയാൻ പറ്റും അയാൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു ഇന്നതൊന്നും പറയാൻ പറ്റില്ല അപ്പൊ സ്വാമി പറയുന്ന അങ്ങനെ വേണമെന്നൊന്നുമല്ലേ പക്ഷേ എല്ലാറ്റിനും ഒരു എന്താ ഒരു പണ്ട് അങ്ങനെയായിരുന്നു തൊഴിലിനെ മറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇന്നതൊക്കെ മാറി എല്ലാ തൊഴിലും പണ്ട പണ്ട് അതുണ്ടായിരുന്നു എല്ലാ തൊഴിലിനും മാന്യതയുണ്ടായിരുന്നു ഇടക്കാലത്തെ ചരിത്രമല്ല സ്വാമി പറയുന്നത് വിവേകാനന്ദ സ്വാമികൾ ഭ്രാന്താലയം എന്ന് വിളിച്ച ചരിത്രത്തെ അല്ല സ്വാമി പറയുന്നത് അതിൻ്റെ പിറകിലേക്ക് മഹർഷിയുടെയൊക്കെ സവിധത്തിൽ പോയിരുന്ന് ഗുരുകുലത്തിൽ പോയിരുന്ന് രാജാവിന്റെയും മറ്റുള്ള കുട്ടികളൊക്കെ ഒരുമിച്ചിരുന്ന് കുചേലനും കൃഷ്ണനും ഒക്കെ ഒരുമിച്ചിരുന്ന് ബ്രഹ്മവിദ്യ അഭ്യസിച്ച കാലം നമുക്കൊരു പഴയ ഒരു സുവർണ കാലം ഉണ്ടായിരുന്നു എന്ന് പറയാ അവിടുത്തെ ശാസ്ത്രമാണിത് അല്ലാതെ ഈ ഇടക്കാലത്തെ ഈ ശാസ്ത്രമല്ല അത് പക്ഷേ നമ്മൾ ഈ ചാതുർവർണ്ണി കാണുന്ന സമയത്ത് കേരളത്തിന്റെ ഒരു അമ്പത് വർഷം പിറകിലുള്ള അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യ സമര സമയത്തുണ്ടായിട്ടുള്ള ആ ചരിത്രം വെച്ചിട്ടാണ് ഈ ശ്ലോകത്തെ കാണുക ഈ ശ്ലോകത്തിന് അതുമായിട്ട് ബന്ധമില്ല അത് വേറെ കാര്യം നമുക്ക് ഈ ബ്രാഹ്മണൻ ക്ഷേത്രീയൻ വൈശ്യം ശൂദ്രൻ എന്നൊക്കെ പറയുമ്പോൾ ഈ ബ്രാഹ്മണൻ എന്ന് ഈ കൊള്ളരു ദേവത്തന്മാര് എന്നൊക്കെ നമ്മൾ പറയും ഏ അവര് അവർ അങ്ങോട്ട് നിൽക്ക് ഇങ്ങോട്ട് നിൽക്ക് എന്നൊക്കെ പറഞ്ഞു കുറെ കാലം നമ്മൾ എന്താ അങ്ങനെ ഒരുപാട് ദ്രോഹങ്ങളൊക്കെ ചെയ്യിച്ചു അങ്ങനെ ഒരു വർഗത്തെ അങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തെറ്റ് തന്നെയാണ് പല നോവലുകളൊക്കെ രചിക്കപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ പിറകിലാണല്ലോ അല്ലേ അപ്പൊ ഉണ്ടാവാം അതങ്ങനെ എല്ലാറ്റിലും പലതുമുണ്ട് ഇവിടെ നിങ്ങൾ ഈ ശാസ്ത്രത്തെ ശ്രവണം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ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 എന്താ തുടയിൽ നിന്ന് വൈശ്യനും കാലിൽ നിന്ന് ശൂദ്രനും എന്ന് പറയുമ്പം കാലില്ലെങ്കിലും നമുക്ക് നിൽക്കാൻ പറ്റൂ ഇതിലേതെങ്കിലും മോശമായിട്ടുള്ളതുണ്ടോ അല്ലേ നം അപ്പോ നമ്മുടെ തന്നെ രൂപത്തിൽ എന്തുണ്ട് എന്നിൽ തന്നെ വൈശ്യനും ബ്രാഹ്മണൻ ബ്രാഹ്മണൻ എന്ന് പറയുന്ന തലവണ്ടയാണ് എന്റെ ബ്രാഹ്മണൻ അല്ലേ എന്തെങ്കിലുമൊക്കെ മറന്നുപോയാ അയ്യോ അല്ലേ തലയ്ക്കാതെട്ട ഓർമ്മ ഓർമ്മ ഈ ഓർമ്മയുടെ ഗ്രന്ഥി ഇത് എവിടെ ഇങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ ചൊറിഞ്ഞു കൊടുത്താൽ അതിങ്ങനെ ഇളകി വരുന്നു അല്ലെ ആരെങ്കിലും ഓർമ്മ വരുന്നില്ല എന്ന് പറഞ്ഞിങ്ങനെ ചൊറിയാറുണ്ടോ ഇല്ല മഹാലസന്മാരൊക്കെ ചിലപ്പോൾ അങ്ങനെ ചെയ്തേക്കാം അപ്പം നമ്മിൽ തന്നെ ഇതുണ്ട് ഭാവങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ നമ്മുടെ ക്ഷത്രിയനാക്കൈകൾ ആരെങ്കിലും ഒരു ഏറ് വരണോ അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് നമ്മുടെ ഒരു ഒരു സാധനം ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്താ ഉടനെ ഹെഡ് ചെയ്യോ ഒരു കല്ല് വരുന്ന സമയത്ത് നിങ്ങൾ പെലയായിരിക്കണം അങ്ങനെയൊക്കെ ചെയ്യാൻ അല്ലെങ്കിൽ സദാസമയം ഹെൽമെറ്റ് ഇട്ടിരിക്കണം ഇല്ലേ ഉടനെ നമ്മൾ കൈ കൊണ്ട് കൈ ക്ഷത്രിയനാണ് ക്ഷതത്തിൽ നിന്ന് ത്രാണനം ചെയ്യിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിൽ തന്നെ ഇവർ നിലകൊള്ളുന്നു നമ്മളെ സേവിക്കുന്നത് ആരാണ് നമ്മുടെ പാദമാണ് നമ്മളെ സേവിക്കുന്നത് നമ്മളെ കൊണ്ടുപോകുന്നു അവൻ അല്ലേ ഇതെല്ലാം കൂടെ വീട്ടിൽ വൈകുന്നേരം രാത്രി ആയി കഴിഞ്ഞാൽ നമ്മളെല്ലാവർക്കും ഒരു യോജിപ്പില്ലേ ഇല്ലേ ഈ കൈ ഒഴിഞ്ഞു കൊടുക്കില്ലേ കാലിന് മോനെ നീ നന്നായി സേവ ചെയ്ത് ഏതായാലും നിനക്ക് ഇല്ലേ അങ്ങനെ വേണം എന്നാണ് ഒരുപാട് നടന്നൊക്കെ കഴിഞ്ഞാൽ കാലിന് ഒന്ന് നന്നായി കാലൊക്കെ ഒന്ന് ഞെക്കി അതിനോടൊരു നന്ദി വാക്കമൊക്കെ പറയണം എന്നെ ഞാൻ ഇന്ന് ഒരുപാട് കഷ്ടപ്പെടുത്തി